ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ജീവിച്ചവർ ഒരു സമയത്ത് ഈ സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെടും ചില സമയത്ത് സൗകര്യങ്ങളൊന്നുമില്ലാത്തവർ സൗകര്യങ്ങളിലേക്ക് ഇങ്ങനെ കയറി വരും ഒക്കെ കർമ്മം കൊണ്ട് നേടിയെടുക്കുന്നതാണ് ഭഗവാൻ ഈ കർമ്മത്തിൻ്റെ കർമ്മം കൊണ്ട് നേടാവുന്നത് സ്വർഗം വരെ കർമ്മം കൊണ്ട് നേടാവുന്നതാണെന്ന് അപ്പൊ സ്വർഗത്തിൽ പോയിട്ട് അവിടെ കുറെ കാലം ജീവിക്കുക അങ്ങനെയുണ്ട് സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സ്ഥലം തന്നെ ഉണ്ട് ചിലര് സ്വർഗത്തിലേക്ക് ആളെ കയറ്റിവിടുന്നുണ്ട് ഹോൾസെയിലായിട്ട് അങ്ങനെ കയറ്റിവിടുക അപ്പൊ അതിലൊന്നും പോയി പെട്ടരുത് ഭഗവത്ഗീത സ്വർഗത്തിനും നരകത്തിനുമൊക്കെ അപ്പുറത്താണെന്ന സ്വർഗത്തിൽ പോയി നരണ്ടുപേര് രണ്ടുപേര് സ്വർഗത്തിൽ പോയിട്ട് അവരവിടെ പ്രേമം അവരെ പരസ്പരം സ്നേഹിച്ചു ദൈവത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം ദൈവം പറഞ്ഞു നാളെയാവട്ടെ മറ്റന്നാളാവട്ടെ ഇങ്ങനെ വർഷങ്ങൾ അഞ്ചാമത്തെ വർഷമാണ് കല്യാണം നടന്നത് അങ്ങനെ അഞ്ചാമത്തെ വർഷം കല്യാണം നടന്നു ഏഴാമത്തെ വർഷം അവർ പറഞ്ഞു വിവാഹമോചനം വേണമെന്ന് പറഞ്ഞു അപ്പം ഭഗവാൻ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹം അഞ്ചു വർഷം നീണ്ടു നിന്നതെന്നറിയോ ഒരു പൂജാരി ഇവിടെ വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു അഞ്ചു വർഷം എടുത്തു ഒരു പൂജാരി ഇവിടെ വരാൻ ഇനി ഒരു വക്കീല് വരാൻ ചുരുങ്ങിയത് ഒരു ഇരുപത് വർഷമെങ്കിലും എടുക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഒരാളെ ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ അയാൾ തട്ടും മുട്ടലും ഇല്ലാതെ ഇവിടെ എത്തിയാൽ നിങ്ങൾക്ക് ഞാനത് സാധിപ്പിച്ചു തരാം വേണ്ട ഇവരൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾ വേർപെടുത്തണമെന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല ചുരുക്കി പറഞ്ഞാൽ എന്താ പരിഹാസ യോഗ്യമാണ് സ്വർഗം എന്ന് പറയുക വെറും ഇന്ദ്രിയങ്ങളുടെ ലാളനം പാലനം ഇത്യാദികൾ ഇന്ദ്രിയങ്ങളെ എന്താ പറയുക ഹരപ്പെടുത്തുന്നത് ഇത്ര ഇത്രയേ ഉള്ളൂ അത് അതുകൊണ്ട് ഗീത സ്വർഗപ്രാപ്തിയെക്കുറിച്ചല്ല പറയുന്നത് അതിൽ തിരിച്ചുവരവുണ്ട് എന്നാണ് പറയുന്നത് തുടർന്ന് ഭഗവാൻ പറയാൻ പോകുന്നത് എന്താ നോക്കാം ചിന്തയന്തോ മാേ ജന പര്യുസത്തെ താഭക്തേമം വാമ്യഹ ചിന്തയന്തേ ജന പര്യുസത്തെ താഭുക്തം യോഗം ക്ഷേമം വഹാമി അഹം അഹം യോഗം ക്ഷേമം യോഗക്ഷേമം വഹാമി ഏ ജനാ അനന്യാ മാം ചിന്തയന്ത ഏ ആരൊക്കെയാണോ ഏതൊക്കെ ജനങ്ങളാണോ ജനാഹ അനന്യാ അനന്യാ എന്ന് പറഞ്ഞ അന്യ ദേവതകളെ ഉപാസിക്കാത്തവരായി നിങ്ങൾ അന്യദേവതകളെ ഉപാസിക്കാത്തവരായി എന്നെ മാത്രം ഉപാസിക്കുന്നവരെന്ന ഈ ഗീതാശ്ലോകത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണനെ മാത്രം ഉപാസിക്കുന്നവരെന്ന് നാം വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ കൃഷ്ണന് പോലും അത് വിഷമായി തീരുന്നു അങ്ങനെയൊക്കെ വ്യാഖ്യാനങ്ങൾ കണ്ടേക്കാം കാരണം ശബ്ദത്തിന്റെ സാരം അങ്ങനെയാണ് ഇവിടെ എന്താ കുഴപ്പം എന്ന് പറഞ്ഞാല് മാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നന്നായിട്ട് ഞാൻ എന്നത് എന്നെ എന്നത് ഞാൻ ആര് എന്ന് രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായിരിക്കണം പ്രമാണം അച്ഛദ്യം അദാഹ്യം അക്ലേദ്യം അശോഷ്യം നിത്യ സർവഗത സ്ഥാണു അജലോയം സനാതന ഇതാണ് ഞാൻ അങ്ങനെയുള്ള എന്നെ എന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറയാം പലപ്പോഴും പല ശ്ലോകങ്ങളിൽ കാണാറുണ്ട് അല്ല പല വ്യാഖ്യാനങ്ങളിൽ അല്ലെങ്കിൽ ഗീത ഇതിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചത് കാണാമെന്ന് പറയാം ശ്രീകൃഷ്ണനെ മാത്രം ഭജിക്കുന്നവര് മറ്റ് ദേവതകളെ ഒന്നും ഉപാസിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ഗണപതിയെ ഉപാസിച്ചിട്ട് കാര്യമില്ല എന്താ സരസ്വതിയെ ഉപാസിച്ചിട്ട് കാര്യമില്ല ശിവനെ ഉപാസിച്ചിട്ട് കാര്യമില്ല മറ്റുള്ളതിനെ ഒന്നും ഉപാസിക്കരുത് എന്തിനെ ഉപാസിക്കണം ശ്രീകൃഷ്ണനെ മാത്രം അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറയുക മാം എന്ന് പറഞ്ഞാൽ പരമാത്മാവിന് സത്തയായി നിലകൊള്ളുന്നതിന് ഏതൊന്നാണോ കാലങ്ങൾ എന്താ കാലത്രയേപ്പി തിഷ്ടതി യത് തത് സത് ആ സത് ഭാവത്തെ സദ് വസ്തുവിനെ മാം ചിന്തയന്ത എന്നെ തന്നെ ചിന്തിക്കുന്നവരായിട്ട് അതിനെ ചിന്തിക്കുന്നവരായിട്ട് അതിനെ പര്യുപാസതയെ ഉപാസിക്കുന്നവരായി ആരാധിക്കുന്നവരായി നിത്യാഭിയുക്താനാം എപ്പോഴും ധ്യാനയുക്തന്മാരായിട്ട് നിരന്തര സമ്പർക്കം പുലർത്തിക്കൊണ്ട് അങ്ങനെയുള്ള അവരുടെ ദേഷാം അങ്ങനെയുള്ളവരുടെ യോഗം ക്ഷേമം അഹം വഹാം യോഗം അവർക്ക് എന്തൊക്കെ കിട്ടാനുണ്ടോ ക്ഷേമം കിട്ടിയതിന്റെ സംരക്ഷണം കിട്ടാനുള്ളതും ഞാനേറ്റു കിട്ടിയതിനെ സംരക്ഷിക്കുന്ന കാര്യവും ഞാനേറ്റു അതിനുവേണ്ടി നമ്മൾ എൽ ഐ സിയുടെ അവര് തിരിച്ചെടുത്തിരിക്കുക യോഗക്ഷേമം വഹാമ്യഹം എൽ ഐ സിയുടെ ശ്ലോകനാണ് അല്ലേ ഭഗവത്ഗീതയിലുള്ളതാണെന്ന് പറയാം യോഗക്ഷേമം വഹാമ്യഹം ഭഗവാൻ പറയുന്നതിൽ നമുക്ക് അത്രയും കൂടെ ശ്രദ്ധയില്ല എൽ ഐ സി ഉറപ്പ് വിശ്വാസമൊക്കെ എന്ന് പറയും എൽ ഉണ്ടാവും കൂടെ ഗീതയിൽ പറയുന്നു വാഹം വഹാമി ഞാൻ വഹിച്ചുകൊള്ളാം എന്ന് പറയാം ഇപ്പൊ ഇവിടെ നമുക്ക് തരുന്ന സൂചന എന്താണ് ഞാൻ ഏറ്റു കാര്യം എന്ന് പറയാം ഭഗവാനെ ഒരു ഒരു ഉപായം നമുക്ക് തരാൻ പറ്റും ഒരു അടുത്ത് സ്വാമി പറഞ്ഞിട്ടുണ്ടോ അറിയില്ല ചിലപ്പം കേട്ടതായിരിക്കാം ചിലപ്പോൾ ഓർമ്മ വരുന്നില്ല ഒരാൾ ഒരാൾക്ക് രൂപ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാനുള്ളത് പറഞ്ഞിട്ടുണ്ടോ അതെ ഒരാള് ഒരാൾക്ക് പതിനായിരം രൂപ കടം കൊടുത്തത് പക്ഷേ യാതൊരു തെളിവുമില്ല കൊടുത്തതിന് ഇദ്ദേഹത്തിനോട് ചോദിച്ചു വക്കീലിനോട് ചോദിച്ചു എന്താ അപ്പം ഇതൊന്ന് തിരിച്ചു മേടിക്കാൻ ഒരു മാർഗം അതിനൊക്കെ പണിയുണ്ട് ഒരു കാര്യം ചെയ്യും എഴുതിക്കൊള്ളാൻ പറഞ്ഞു എൻ്റെ അടുത്ത് നിന്ന് മേടിച്ച അമ്പതിനായിരം രൂപ എത്രയും പെട്ടെന്ന് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹം മറുപടി എഴുതി നിങ്ങൾ ഇങ്ങനത്തെ മനുഷ്യനാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പതിനായിരം രൂപ വിഷുവിൻ്റെ അന്ന് ഇത്ര മണിക്കാണ് ഞാൻ മേടിച്ചത് നിങ്ങൾ ഇങ്ങനെ അമ്പതിനായിരുന്നൊന്നും പറഞ്ഞ് വെറുതെ ആളെ വിഷമിപ്പിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി ലോപ്പം എന്തായി തെളിവായി ഞാൻ ഏറ്റവും എന്ന് പറയാം യോഗ ക്ഷേമം കിട്ടാനുള്ളതും കിട്ടിയതിൻ്റെ സംരക്ഷണം ഇതുപോലെ നമ്മൾ വെറി പിടിച്ചോടും ഒന്നും വേണ്ട അതിന് ആരാണോ ഇത് തന്നത് അവർ തന്നെ ഇതിനെ സംരക്ഷിക്കും എന്ന് പറയാം അഹം വഹാമി എല്ലാ കാര്യവും പ്രത്യേകം നമ്മൾ ഭഗവാനെ കാക്കണേ എന്ന് പറയേണ്ട ആവശ്യമില്ല അറിയാം ഈ പ്രപഞ്ചത്തെ തട്ട എന്താ പറയുക ഈ പ്രപഞ്ചത്തിലെ ഓരോ ചലനവും ഓരോന്നും അതിനെ നിയന്ത്രിക്കുന്ന നിയാമകൻ അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്നറിയാം അതിലേക്ക് ശരണാഗതി അതിലേക്ക് നാം ശരണപ്പെടേണ്ടതുണ്ട് എന്ന് പറയാം ശരണാഗതരാകേണ്ടതുണ്ട് അതുകൊണ്ട് ഭഗവാൻ പറയണം അഹം വഹാമി നീ അതിനെക്കുറിച്ച് വിട്ടേക്കൂ എന്ന് പറയാം जंते कौंतेक ये अनदेवताजं पूर्वकं। ये ഹേ കൗന്ദേയ അല്ലയോ അർജുന തേ യേ അപി ഭക്താഹ ഏതൊക്കെ ഭക്തന്മാരാണോ ഏതേത് ഭക്തന്മാരാണോ ശ്രദ്ധയാ അന്വിതാഹ ശ്രദ്ധയോടുകൂടിയവരായിട്ട് അന്യദേവതാഹ ഏജൻ്റെ അന്യദേവതകളെ ആരാധിക്കുന്നത് അന്യദേവതകൾ എന്ന് പറഞ്ഞാൽ വെറും ഏതെങ്കിലും രൂപത്തിലോ ഭാവത്തിലോ അല്ല നമ്മൾ എന്തിനെയാണോ ആരാധിക്കുന്നത് അത് നമുക്ക് ഏതിനോടാണ് താല്പര്യം അത് ഇപ്പൊ സിനിമാ പ്രേമികൾ അല്ലെങ്കിൽ വേറെ എഴു വായനയിൽ താല്പര്യമുള്ളവർ ഇതൊക്കെ ദേവതയെ ഉപാസിക്കൽ തന്നെയാണ് അല്ലെങ്കിൽ യചിക്കൽ തന്നെയാണെന്ന് പറയാം നമ്മുടെ മനസ്സ് ഏതൊന്നിലാണ് സദാസമയം ആകൃഷ്ടമായിരിക്കുന്നത് അത് ദേവതാരാധനയാണ് പിന്നെ മറ്റ് ദേവതാരാധനയൊക്കെ ഉണ്ട് കുട്ടിച്ചാത്തൻ ഗുളികൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുണ്ട് സാസമയം അങ്ങനെയാണ് ചിലരെ കാണുമ്പോൾ തന്നെ ഗുളികനെ പോലെ ഉണ്ടാവും അവർ ഈ ഗുളിക ഉപാസകന്മാരൊക്കെ രാത്രിയാണ് അവരുടെ മന്ത്രം ഇതൊക്കെ തുടങ്ങുക തന്നെ അത് ആളുകളെ പേടിപ്പിച്ചുകൊണ്ടാണ് അതൊക്കെ അപ്പൊ ശ്രദ്ധയാ അന്യുരാഹ അതിൽ ശ്രദ്ധ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള അവർ അങ്ങനെ ഭജിക്കുന്നു ജജന്തേ ആരാധിക്കുന്നു തേ പറയുന്നു ഭഗവാൻ എന്ത് ഒരു വലിയൊരു അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യത്തെ അവര് അവിധിപൂർവകമി അവരുടെ ആരാധന വിധിയാമ്പണ്ണമല്ല അവിധിപൂർവകമി എന്നാലും മാം ഏവയജന്തി നോക്കൂ പറയുന്നത് എന്താണ് എന്നെ തന്നെയാണ് അവർ ആരാധിക്കുന്നത് അവർക്കറിയില്ല ഭാവം എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നറിയില്ല പക്ഷെ എന്നാലും അവർ അവിധിപൂർവകമാണെങ്കിലും എന്നെ ആരാധിക്കുന്നു ോക്തു മാം തേ ചവന്തി തേ സർവയജ്ഞാനാം ഭോക്താച്ച പ്രഭുച് അഹം ഏവ സർവയജ്ഞാനാം എല്ലാ യജ്ഞങ്ങളുടെയും ഭോക് എന്താ പറയുക ആ ഭോക്താച്ച അതിൻ്റെ ഭോക്താവ് അതിനെ അനുഭവിക്കുന്ന ആള് പ്രഭു അതിൻ്റെ ഫല ദാതാവ് അതിനെ ആ ഫലത്തെ ആരാണോ കൊടുക്കേണ്ടത് അവനും അഹമേവ ഹി ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ചതി എന്ന് പറയുന്നത് എല്ലാ നമസ്കാരങ്ങളും ആർക്കുള്ള നമസ്കാരം എല്ലാ ദേവനായിട്ടുള്ള നമസ്കാരവും കേശവനിലേക്കാണ് പോകുന്നത് എങ്ങനെയാണോ ജലം സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് എല്ലാ ജലവും സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ സർവദേവ നമസ്കാരം കേശവം കേശവനിലേക്ക് എത്തിച്ചേരുന്നു അത് ഭഗവാൻ ഇവിടെ പറയുകയാണ് സർവയജ്ഞാനാം ഭോക്താച്ച പ്രഭുഹൂച്ച അഹമേവ ഹി ഞാൻ തന്നെയാണ് മാം തു തത്വേന എന്നെയാകട്ടെ തത്വേന തത്വേന എന്ന് പറഞ്ഞാൽ താത്വികമായി പാരമാർത്ഥികമായിട്ട് തേ ന അഭിജാനന്തി അവരറിയുന്നില്ല അപ്പൊ അവർക്കറിയില്ല ആരാ എന്നെ താത്വികമായി അവരറിയുന്നില്ല അതുകൊണ്ട് അത ഇതുകൊണ്ട് തേ അവർ ശിവന്തി ഭ്രഷ്ടന്മാരായി തീരുന്നു ഭ്രഷ്ടന്മാർ എന്ന് പറഞ്ഞാൽ അവര് പതിക്കുന്നവരാകുന്നു അവർക്ക് എന്നെ എന്റെ ഭാവത്തെ ശരിക്കറിയില്ല ആരാണ് ഞാൻ എന്നറിയുന്നില്ല പക്ഷെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോന്നും ഇതാണ് ഞാൻ ഇതാണ് ഭഗവത് പ്രീതിക്കായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്നും ചെയ്യുന്നില്ല അല്ലേ പക്ഷെ ശരിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ പ്രീതി തന്നെയാണ് നാം പ്രീതരായിരിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് നമ്മളാകെ അലോസരയായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടോ കിട്ടില്ല എന്ന് പറയാം പക്ഷേ നമ്മൾ പ്രീതരായി സംപ്രീതരായി സമയത്ത് ആരെങ്കിലും ഭഗവത് പ്രീതി ചോദിച്ചാലോ വഴിക്കാറും പോവില്ല അതാണ് ഒരിക്കലും ഒരാള് വലിയൊരു ബിസിനസ്സുകാരനാണ് ഒരുപാട് ധനമുണ്ട് അപ്പൊ ധനമുള്ള അദ്ദേഹത്തിന് പ്രായം കുറച്ച് വന്ന സമയത്ത് യുക്തിവാദി നിരീശ്വരവാദി മതമായിട്ട് യാതൊരു ബന്ധുമില്ല അങ്ങനെയുള്ള ഒരാളായിരുന്നു ധനമൊക്കെ ഉള്ള സമയത്ത് പിന്നീട് കുറച്ച് പ്രായമൊക്കെ വന്നു നടുവേദന അതും ഇതുമൊക്കെ വന്നു തുടങ്ങിയപ്പോ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങിയപ്പോ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ വന്നു തുടങ്ങി ഇനിയിപ്പൊ എന്താവും സ്ഥിതി എന്നൊക്കെ അപ്പം ഇനി ഇതൊന്ന് അന്വേഷിക്കാം എന്നായി അങ്ങനെ ഒരു ആശ്രമത്തിൽ ചെന്നു ആശ്രമത്തിൽ ചെന്നിട്ട് അവിടുത്തെ ആശ്രമത്തിലെ സ്വാമിയോട് ചോദിച്ചു സ്വാമി എനിക്ക് ഇതൊക്കെ ഒന്നറിയണം എന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ സ്വാമി ഇദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങി സ്വാമി ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചു സ്വാമി ചോദിച്ചു കുടുംബത്തിൽ ആരൊക്കെയുണ്ട് അങ്ങനെ ഇന്ന നാളുകളൊക്കെ ഉണ്ട് അവരൊക്കെ എവിടെയാണ് ഇന്ന നാളുകളൊക്കെ എവിടെ നിങ്ങൾ എങ്ങനെയാണ് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടത് ചെയ്യാറുണ്ടോ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ഇങ്ങനെ ഇദ്ദേഹം ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചു ഒന്നും ആധ്യാത്മികമല്ല ഇദ്ദേഹത്തിന് ദേഷ്യം പിടിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് എന്താ ബിസിനസ് പിന്നെ ഇന്ന ബിസിനസ്സാണ് അത് നിങ്ങൾ സാധനം എവിടുന്നാണ് കൊണ്ടുവരുന്നത് ഈ കൊണ്ടുവരുന്നവർക്ക് നിങ്ങൾ മര്യാദയ്ക്ക് കാശ് കൊടുക്കാറുണ്ടോ പിന്നെ നിങ്ങൾക്ക് കിട്ടാനുണ്ടോ അതുണ്ടോ ഇതുണ്ടോ ചുരുക്കി പറഞ്ഞ ബിസിനസ് മാത്രം സ്വാമിക്ക് ഇദ്ദേഹത്തിനോട് പറയാനുള്ളത് ഇദ്ദേഹത്തിന് ബോറടിക്കുന്നു ആയി അദ്ദേഹം പറഞ്ഞു ഇനി എനിക്ക് നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കാം അതെ നിങ്ങൾ വലിയ ധനികനൊക്കെയാണല്ലോ നിങ്ങൾക്ക് കുറെ പേര് കാശ് തരാനുണ്ടാവുമല്ലോ കുറെ പേര് നിങ്ങളെടുത്ത് കടമ മേടിച്ചിട്ടുണ്ടാവും ഉണ്ടല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ അത് നിങ്ങൾക്ക് എഴുതി തള്ളാൻ പറ്റുമോ പൂർണ്ണമായിട്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതേ ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു സ്വാമി നിങ്ങൾ ബിസിനസ്സാണ് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളോട് ആധ്യാത്മികത കേൾക്കാൻ വന്നതാണ് അപ്പൊ സ്വാമി പറഞ്ഞതാ ഇത് തന്നെ ആധ്യാത്മികത എന്ന് പറയും ആധ്യാത്മികത എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് ഇതേ മനസ്സിലാവും ഉണ്ട് നമ്മൾ വിചാരിക്കും എന്താണ് ഓ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണ് ഇതാണ് നോക്കെ അപ്പൊ ഒരു സ്വാമിക്ക് അതായത് ആ സ്വാമിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഇതാണ് ഏത് നിങ്ങൾ ഇത് ഇത് ഇതിന് നിങ്ങൾ തയ്യാറാണോ ഇതിന് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പം അത് സ്വീകരിക്കുന്ന ഒരു മനസ്സുണ്ട് സ്വീകരിക്കുന്ന മനസ്സ് കച്ചവട മനസ്സാണ് അപ്പൊ അദ്ദേഹത്തിന് അത് തിരിച്ചു പറയാനുള്ളത് എന്താണ് സ്വാമി സംസാരിക്കുന്നത് അന്ന് സംസാരിക്കുന്നത് എന്താണ് ബിസിനസ് ആണ് അതുകൊണ്ട് ഞാൻ ബിസിനസ് കേൾക്കാൻ വന്നവനല്ല എന്ന് പറയാം എനിക്ക് കേൾക്കേണ്ടത് എന്താണ് ആധ്യാത്മികത അപ്പൊ എനിക്ക് ആധ്യാത്മികതയാണ് കേൾക്കേണ്ടത് എന്ന് പറയുന്നവൻ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ ആലോചിക്കേണ്ടതാണ് സർവയജ്ഞാന എന്നെ ന അഭിജാനന് എന്നെ ന അഭിജാനന്തി അറിയുന്നില്ല എന്ന് പറയാം ആളുകൾക്ക് പല ധാരണകളുണ്ട് ഈ ആധ്യാത്മികത ഭൗതികത ഇത്യാദി കാര്യങ്ങളൊക്കെ അവരറിയുന്നില്ല എന്നെ അറിയുന്നില്ല അപ്പൊ നമ്മളും ഭഗവാനെ അറിയുന്നില്ല എങ്ങനെ അറിയുന്നില്ല അറിയുന്നത് നമുക്കാകെ ഇങ്ങനെയുള്ളവരോന്നൊക്കെ ചെയ്ത് കൂട്ടാനുണ്ടെന്ന് പറയാം അതുകൊണ്ട് വളരെ എന്താ ഭഗവാൻ ഈ അധ്യായത്തില് രഹസ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാം അതിന്റെ രഹസ്യങ്ങളുടെ രഹസ്യം ഇനി ഇതാ വരാൻ പോവാണ് അടുത്ത ശ്ലോകത്തിന്റെ അടുത്ത ശ്ലോകത്തില് ്രേവാൻ പൂത്തൂടെജ്യാതിേവാൻ പതൃന് യാതി്രൂതൂജ്യൂതേജ്യ യാന്തി മദ്ാജിന മാം അപി അപി മാം മാം അപി ഭഗവാൻ ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ നാം ഏതൊന്നിൽ നാം വിസ്മൃതരായുവോ നാം ഏതൊന്നിനെയാണ് വിസ്മരിച്ചത് അതിനെയാണ് ആ ഒന്നിനെയാണ് ഭഗവാൻ സദാ ഓർമ്മിപ്പിക്കുന്നത് ഏതൊന്നിനെയാണ് നാം വിസ്മരിച്ചത് അതിനെ ഭഗവാൻ സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാം എന്നിട്ടോ ആ ഉറങ്ങിക്കിടക്കുന്ന അതിനെ ഉണർത്തുകയാണ് അതാണ് ഈ അധ്യായത്തിൻ്റെ കാതലായിട്ടുള്ള കാര്യം അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കേട്ടാലും കേട്ടാലും മതിയാവില്ല എന്ന് പറയാം അത് മറന്നുപോയിരിക്കണോ ഭഗവാൻ പറയണോ ദേവവ്രതാഹ ദേവവ്രതന്മാർ ദേവാരാധകന്മാർ ദേവാരാധകന്മാർ എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിന്റെ ഭാഷയിൽ നമ്മൾ കണ്ടതാണ് ദേവൻ ദേവ ശബ്ദം ഇന്ദ്രിയങ്ങൾ എന്നാണ് ഇന്ദ്രിയങ്ങളെ ആരാധിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സദാസമയം കണ്ണാടിയുടെ മുൻപില് സദാസമയം കണ്ണാടിയുടെ മുൻപില് കേട്ടിട്ടില്ലേ മുല്ല മുല്ല നസുറുദ്ദീൻ ഒരു വിവാഹ ദിവസം ഭാര്യയ്ക്ക് ഒരു എന്താ ഒരു അപൂർവമായ ഒരു സമ്മാനം കൊടുത്തു അപൂർവമായ ഒരു സമ്മാനം എന്താ സമ്മാനം അപ്പോ അതെങ്ങനെ പെട്ടിയിലാക്കിയിട്ട് കൊടുത്തു ഭാര്യ ചോദിച്ച എന്താണ് ഇത് എന്ന് അപ്പൊ പറഞ്ഞു ഇതൊരു വലിയ വില പിടിച്ച സമ്മാനമാണ് നമ്മൾ നമ്മുടെ തന്നെ പ്രതീകമാണ് ഇതെന്ന് പറയും എന്താ നോക്കൂ തുറന്ന് നോക്കാൻ പറഞ്ഞു അപ്പം അവര് തുറന്നു നോക്കിയ സമയത്ത് രണ്ട് ചിത്രശലഭങ്ങൾ അതങ്ങനെ ഇരിക്കുകയാണ് മുല്ല പറഞ്ഞു കണ്ടോ പണ്ട് നമ്മൾ ഇതുപോലെയായിരുന്നു പാറി നടന്നിരുന്നു അങ്ങനെ എങ്ങനെ അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ഇതിനെ ഒന്ന് തട്ടിയ സമയത്ത് അത് രണ്ടും കൂടെ പറന്നുപോയി അപ്പൊ ഇവര് ചോദിച്ചു ഇതൊന്ന് ആണും ഒന്ന് പെണ്ണും അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഇതിൽ എന്താ സുവോളജിയൊന്നും പഠിച്ചിട്ടില്ലല്ലോ അതെങ്ങനെയാ നിങ്ങൾക്ക് ഇത്ര അത് വളരെ എളുപ്പമാണ് ഞാനീ പെൺ പൂമ്പാറ്റയെ പിടിച്ചത് കണ്ണാടിയുടെ മുകളിലാന്ന് പറഞ്ഞു അത് കണ്ണാടിയിൽ പോയിരിക്കുമ്പോഴാണ് പിടിച്ചത് ആൺ പൂമ്പാറ്റ ഈ പത്രത്തിൽ നിന്ന് പിടിച്ച പത്രത്തിന് മുള്ള പറ നേരും പത്രത്തിലേ കഴിഞ്ഞ ഏതെങ്കിലും ഒരു ദിവസം എന്താ വിശേഷ ദിവസം പത്രം അവധിയായിരിക്കും ആ പത്രം അവധിയുള്ള ദിവസം നിങ്ങൾ നിങ്ങളെ വീട്ടിലെ പുരുഷന്മാരെ ശ്രദ്ധിക്കുക അവർ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഓ ഇന്ന് പത്രമില്ലേ അല്ലേ എടാ ഇന്നലത്തെ പത്രം ഇവിടെ അതൊക്കെ ഒന്നും നോക്കുമെന്ന് പറയില്ലേ അമ്മമാരെ സംബന്ധിച്ചു അവർ ഏത് നേരം കണ്ണാടി ഇല്ല കണ്ണാടി ഇല്ലെങ്കിൽ ശരിയാവില്ല കൂടുതൽ സമയം അതിനങ്ങോടുള്ള അപ്പൊ ദേവാരാധകന്മാർ എന്ന് പറയുമ്പം ഇന്ദ്രിയങ്ങൾക്ക് സദാ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുന്നവർ ഇന്ദ്രിയങ്ങളിൽ ശ്രദ്ധയുള്ളവർ എന്നൊക്കെ വ്യാഖ്യാനിക്കാം ദേവാന്യാാന്തി അവരെന്തിനെയാണ് ദേവന്മാരെ അതത് ദേവന്മാരെ പ്രാപിക്കുന്നു അവർക്കതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നു അതിനനുസരിച്ചിട്ടുള്ള ഫലത്തെ അവർക്കതിൽ നിന്ന് വന്നുചേരുന്നു ദേവാന്യാാന്തി അവരെന്തിനെയാണ് ദേവന്മാരെ അതത് ദേവന്മാരെ പ്രാപിക്കുന്നു അവർക്കതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നു അതിനനുസരിച്ചിട്ടുള്ള ഫലത്തെ അവർക്കതിൽ നിന്ന് വന്നുചേരുന്നു അത് ഈ ദേവാരാധകന്മാര് എന്നൊക്കെ പറഞ്ഞ ഇന്ന് വളരെ വളരെ കൂടിയിരിക്കുക നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ മുഖം അല്ല എന്താ പറയാ മൂക്ക് കുറച്ച് ഇങ്ങനെ ചപ്പിയതാണെങ്കിൽ അതിനെ നേരെയാക്കുന്ന വിദ്യ ഒക്കെ ഉണ്ട് ഒരു ഒരു എത്രയാ പറയാ മൂക്ക് ഇങ്ങനെ നേരെയാക്കാൻ ഇത്രയാക്കാൻ ഇത്ര രൂപ ഇന്നതിന് ഇന്നത് കൗള് തീരെ പറ്റിപ്പോയതാണെങ്കിൽ അതിനെ കുറച്ച് ശരിയാക്കാൻ ഇത്ര ഇതൊക്കെ ദേവാരാധകന്മാരാണ് കൊണ്ടു പോയി കഴിഞ്ഞാൽ അവര് ഷെയ്പ്പിലാക്കി തരുന്നു പറ വിദേശത്തൊക്കെ അതിന്റെ എന്താ ഒരുപാട് സാധ്യതകളുണ്ട് ഇതൊക്കെ ആ ആരാധനയിൽപ്പെടുന്നു ഭഗവത്ഗീത പണ്ടേക്ക് പണ്ട് ഇതിനെയൊക്കെ ആ ഗണത്തില് പെടുത്തി വെച്ചിരിക്കുക പിതൃവ്രതാഹ പിതൃക്കളെ ആരാധിക്കുന്ന പിതൃക്കളെ പൂജിക്കുന്നവര് പിതൃം യാന്തി പിതൃക്കളെ പ്രാപിക്കുന്നു അവര് പിതൃക്കളെ പ്രാപിക്കുന്നു ഇതില് പിതൃ പിതൃപൂജകർ എന്ന് പറയുമ്പം ചില ചില ചിലർക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു അവർക്കെന്താ അവരുടെ അച്ഛൻ കേൾക്കുമ്പോൾ തന്നെ വലിയ ബഹുമാനം അതുപോലെ അച്ഛനോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം പിന്നെ എത്ര ദൂരത്താണെങ്കിലും അപ്പൊ നിങ്ങളുടെയൊക്കെ മക്കളെങ്ങനെയാണെന്ന് സ്വാമിക്ക് അറിയില്ല എത്ര ദൂരെയാണെങ്കിലും അവർ വിളിക്കും അച്ഛൻ്റെ പിറന്നാളൊക്കെ ഓർത്ത് വിളിച്ചു അച്ഛന് ഗിഫ്റ്റ് കൃത്യം ബർത്ത്ഡേ ഗിഫ്റ്റ് എത്തിച്ചു അതിലൊക്കെ കഠിന എന്താ തപസ്സുള്ളവരുണ്ട് എത്രയോ പേരുണ്ട് ഇത്ര വലുതായി കഴിഞ്ഞാലും അപ്പൊ അവർ അവർക്ക് ആ ഒരു പൂജ പിതൃ പിതൃവ്രതാഹ പിതൃഭാവത്തോട് അങ്ങേയറ്റത്തെ ഭക്തിയും ആ പിതൃപൂജയാണ് അവർക്ക് അച്ഛൻ എന്താണോ പറഞ്ഞത് അതനുസരിക്കുക ചിലത് അന്തമായ അനുസരണമൊക്കെ ഉണ്ട് പക്ഷേ ചിലത് അച്ഛൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവനും അതിൻ്റെ പ്രയോജനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവരെന്താണ് പിതൃമ്യാന്തി അതിനെ പ്രാപിക്കുന്നു അതിൽ നിന്നുള്ള ഫലം അവർക്ക് വന്നുചേരുന്നു പറയണോ ഭൂതേജ്യാഹ ഭൂതാനിയാന്തി ഭൂതങ്ങളെ ആരാധിക്കുന്നവർ അതിതായി പറഞ്ഞ കുട്ടിച്ചാത്തൻ ഇത്യാദി സംഗതികളെയൊക്കെ ആരാധിക്കുന്നു അവരുടെ അവർക്ക് ഇങ്ങനെയുള്ള ഒടി ഒടി ഒടിമറിയാന്നോ എന്താ അതിന് പറയുക കേട്ടിട്ടുണ്ടോ നിങ്ങൾ പൊടിയൻ അത് രാവിലെ എഴുന്നേറ്റ് നോക്കി രാവിലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ ഉമ്മർത്ത് കാണും എന്താ ഒരു വാഴയിലെ ഒരു കോഴിയുടെ തല കുറച്ച് ചെത്തിപ്പൂവ് ഈ മഞ്ഞൾ അല്ലെങ്കിൽ ചെറുനാരങ്ങ മുറിച്ച് കമഴ്ത്തിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു തിരിയിട്ട് നമ്മൾ ഉമ്മറവാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെമ്പ് തകടല് എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ഇതിലൊക്കെയാണ് ഇവരുടെ ശ്രദ്ധ എന്നിട്ട് അവരങ്ങനെ വരയ്ക്കും നമ്മളെ വരയ്ക്കും നമ്മളെ വീട്ടിൽ നമ്മുടെ വീട്ടിലല്ല അവരുടെ വീട്ടിൽ മഞ്ഞൾപ്പൊടി കൊണ്ട് നമ്മുടെ ഏകദേശ രൂപം സങ്കല്പിച്ച് നമ്മുടെ കാലൊടിക്കാൻ വേണ്ടിയിട്ട് ഈ കാലിന് അവരിങ്ങനെ നിരന്തരം ഒടിക്കാനുള്ള ശ്രമത്തിലുള്ള പൂജകളൊക്കെ ചെയ്യാം അങ്ങനെ ഓടിക്കുന്നവരെ അങ്ങനെ ഒടിയന്മാരായി തീരും അവര് സ്വയം ഓടിക്കും കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഒരിക്കൽ ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട് അവര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭലിക്കുന്നതാണ് ഓ എന്തൊരു മുടിയാന്ന് പറഞ്ഞാൽ പിന്നെ കഷണ്ടിയായി പോവും അങ്ങനത്തെ ആൾക്കാരുണ്ട് അങ്ങനത്തെ ആളുകളെയൊക്കെ കണ്ട അമ്മമാര് എന്താ ചെയ്യാന്നറിയോ എന്ന് പറഞ്ഞു വേഗം കുട്ടികളെ സാരി കൊണ്ട് പുതച്ച് കളയും ആ ഇവനങ്ങോട്ട് വളർന്നു പോയല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ ഒരു രോഗം വരും അങ്ങനത്തെ ചില ആളുകളൊക്കെ ഉണ്ട് കരിനാവുള്ളവരുന്നാ പറയുക അപ്പൊ ഇങ്ങനെ ഒരാള് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഉണ്ടാവും അപ്പൊ രണ്ടുപേര് അവർ മത്സ്യം പിടിക്കുന്നവരാ മത്സ്യ പിടിക്കുന്ന അവർ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവരാ അപ്പം അവരെന്തോ പറഞ്ഞു ഒരു ദിവസം തെറ്റി തെറ്റിയപ്പം ഈ സുഹൃത്തിനെ ഇവന് എന്താ ശരിയാക്കണം അപ്പം ആലോചിച്ചു എന്ത് ചെയ്യുമ്പോഴും അതിന് തെളിവില്ലാതെ വേണമല്ലോ ഇതൊക്കെ ചെയ്യാം അപ്പം ഇങ്ങനെയുള്ള വിസ്വാനെ കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തെളിവുണ്ടാവില്ല അങ്ങനെ ഇന്നടുത്ത് ഒരു വിദ്വാനുണ്ട് എന്നറിഞ്ഞ് അവനെ പിടിച്ചു കൊണ്ടുവന്നു ഭക്ഷണമൊക്കെ കൊടുത്ത് അപ്പൊ ഇവര് പറയുമ്പോൾ ഇവരുടെ ഊർജ്ജം പോയിപ്പോയാ പിന്നെ പിന്നെ ഭലിക്കില്ല ഒരു ദിവസം ഒരെണ്ണമൊക്കെ പറഞ്ഞ ശരിക്കും അപ്പൊ ഒന്നും പറയാതെ ഇങ്ങനെ കൊണ്ടുവരിക എന്താ ഉദ്ദേശം എന്നാണെങ്കിൽ ചെറിയ ബോട്ടുണ്ട് ആ ബോട്ട് കാണിച്ചു കൊടുത്തിട്ട് പറയണം അതാ അത് അവന്റെ ബോട്ടാണ് ആ ബോട്ടിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ബോട്ട് ശരിയായി പോവും കടൽ തീരത്ത് കൊണ്ടുവന്നു പറഞ്ഞു കണ്ടോ നോക്ക് അതിൻ്റെ ഇടയിൽ അപ്പൊ പല ബോട്ടുകളുണ്ട് ഏത് ആ മഞ്ഞ കൊടി അല്ല മഞ്ഞല്ല അതിൻ്റെ ഇടയിൽ കൂടെ നോക്ക് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ അവസാനം കണ്ടു അത് ബോട്ട് ഓ അത് കണ്ടോ കണ്ടോ ആ അതിൻ്റെ ഇടയിൽ ഇത് ആ ബോട്ട് കണ്ടു ഇദ്ദേഹം അതായത് ഇവനാണ് ഈ കാണിച്ചു കൊടുക്കുന്നത് അത് ഇത് എന്നൊക്കെ പറഞ്ഞു കണ്ടു ഇവന് പറയാൻ തോന്നിയത് ഓ ഭയങ്കര കണ്ണാട്ടാണ് നിങ്ങളുടെ ഇയാളുടെ കണ്ണങ്ങോട്ട് പോയിപ്പോന്ന് ഇവനാരാണ് ഭൂധാന്യാന്തി ഇത്തരത്തിലുള്ളതിനെ പ്രാപിക്കുന്നതൻ്റെ അതാണ് ഈ ഒടിമന്ത്രവും ഇതുമൊക്കെ ചെയ്യുന്നവർക്ക് തന്നെ അവരുടെ ഗതി ഇങ്ങനെയാവുന്നു പറയും അപ്പൊ പരണിദ്രോഹിക്ക അത്തരത്തിലുള്ള ചിന്താഗതികളും അത്തരത്തിലുള്ള കർമ്മ പദ്ധതി പദ്ധതികളുമായിട്ട് മുൻപോട്ട് പോകുന്നവർക്ക് അധോഗതിയാണ് ഭൂതാനിയാന്തി ഭൂതേജ്യാഹ ഭൂതങ്ങളെ ആരാധിക്കുന്നവർ ഭൂതങ്ങളെ പ്രാപിക്കണം തുടർന്ന് മദ്യജിന മദ്യ എന്നെ ആരാധിക്കുന്നവർ ം അപി യാന്തി എന്നെ പ്രാപിക്കുന്നു അപ്പൊ എന്താണ് നമുക്ക് വേണ്ടത് ആരെയാണ് വേണ്ടത് ഭഗവാനെ വേണോ ഭഗവാനിൽ നിന്ന് വേണോ അതാണ് ചോദ്യം അതാണ് ദുര്യോധനനും അർജുനനും തമ്മിലുള്ള വ്യത്യാസം അർജുനൻ എന്ത് ചെയ്തു ഭഗവാനിൽ നിന്നല്ല ഭഗവാന് വരിച്ചു ദുര്യോധനനോ ഭഗവാനിൽ മേടിച്ചു അപ്പോ ദുര്യോധനാദികൾ ആ ആസുരിക സമ്പത്തിന്റെ ഉടമകൾ അസുരന്മാർ ഭഗവാനിൽ നിന്ന് സ്വീകരിക്കുന്നവരാ സുരന്മാരോ ശ്രേഷ്ഠന്മാരോ ഭഗവാനെ സ്വീകരിക്കുന്നവരാ അടുത്ത ശ്ലോകമാണ് ഈ അധ്യായത്തിലെ രഹസ്യം എന്ന് പറയാ രഹസ്യങ്ങളിൽ രഹസ്യം പത്രം പുഷ്പം ഫലം തോയേ ഭ पत्रपल यो मे भक्तिया प्रयचति यहा प्रयचति तहम भक्ुपहृत अश्नामी प्रयदात्मन अध्याय वधान श्लोक പത്രം ന്യൂസ് പേപ്പറല്ല പത്രം എന്ന് പറഞ്ഞാൽ ഇല പത്രം പുഷ്പം പൂവ് ഫലം ഫലമല്ല ഫലം അതും നമ്മൾ പറയും അയാളുടെ ഭാര്യയെ കാണാൻ എന്തൊരു ഭംഗിയെന്നറിയോ ഭാരതം നമ്മുടെ മാതൃഭൂമിയാകുന്നുള്ള ഫലം പഴം തോയം ജലം യഹ യാതൊരുവനാണോ ഇലയോ പൂവോ കായോ ജലമോ ഭക്തിയാ മേ പ്രയച്ചതി ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി എനിക്ക് സമർപ്പിക്കുന്നത് അങ്ങനെ പ്രയതാത്മന ആ ഭക്തി ശ്രദ്ധ സമന്വിതനായ അവന്റെ ആ സമർപ്പണം ചെയ്യപ്പെടുന്നവന്റെ ശുദ്ധാത്മാവായ അവന്റെ തസ്യ തത് ഭക്തി ഉപഹൃതം അഹം അശ്നാമി ഞാൻ ഭക്തിപൂർവമായ അവന്റെ ആ ഉപഹാരത്തെ അഹം അശ്നാമി ഞാൻ ഭക്ഷിക്കുന്നു ഞാൻ സ്വീകരിക്കുന്നു എന്താ സ്വാമി ഇത്ര പ്രധാനപ്പെട്ട ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് വളരെ ലളിതമായിട്ടുള്ള പരിപാടിയാണല്ലോ അദ്ദേഹം വളരെ ലളിതായിട്ടുള്ള പരിപാടി ഒരു പത്രം ഇല്ലേ ഒരു ഇല കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ദ്രൗപതി ഇല്ലേ ചീരയുടെ അല്ല കറി കഥ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അതാ തോന്നുന്നുണ്ട് നമുക്ക് ആ ദ്രൗപതിയുടെ ഒരു പാരമ്പര്യമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം പ്ലേറ്റ് കഴുകുമ്പോ കുറച്ചൊക്കെ അവിടെ അവിടെ ഒക്കെ വരുന്നത് അതുകൊണ്ട് ഒരു അമ്മ അങ്ങനെ പറഞ്ഞു എന്നാ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഇത് നീ മര്യാദയ്ക്ക് കഴുകിയിട്ടില്ലല്ലോ ഇതിലൊക്കെ ഇത് പറ്റി പിടിച്ചു അതെ എപ്പോഴാ ഭഗവാൻ വരിക എന്നറിയില്ല ഞാൻ ഭഗവാനെ പോലെ അങ്ങയെ കാണുന്നത് അതുകൊണ്ട് അത് കഴിച്ചാൽ തന്നെ മതിയാവും ചീര ഇല കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അതില് ഭഗവാൻ തൃപ്തനായി പിന്നെ കേട്ടിട്ടുണ്ടാവും തുളസി ഇലയിൽ തുലാഭാരം നടത്തിയത് സ്വർണം മുഴുവൻ വെച്ച് വെച്ച് വെച്ചു വെച്ചു വെച്ചില്ലേ അവസാനം ശ്രദ്ധയോട് കൂടിയിട്ട് ഒരു തുളസി ഇലയിൽ തുലാസ് ബാലൻസ് ചെയ്തു അതും കേട്ടിട്ടുണ്ടാവും പത്രം പുഷ്പത്തിന്റെ കാര്യത്തിൽ കേട്ടിട്ടുണ്ടാവും ഗജേന്ദ്രൻ ഒരു താമരപ്പൂവ് കൊടുത്തതും ഭഗവാൻ ശ്രദ്ധയോടുകൂടി അതിനെ സ്വീകരിച്ചതും ഗജേന്ദ്രന് ഗജേന്ദ്രന് മോക്ഷം കൊടുത്തതും ഫലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ശബരിമൽ എന്താ ശബരി കടിച്ചു കടിച്ചു കടിച്ചു കൊടുത്തു അല്ലേ ഓരോന്നും കടിച്ചു കടിച്ചു നോക്കി ശ്രീരാമൻ അതീവ ശ്രദ്ധയോടുകൂടി ആ ഫലത്തെ സ്വീകരിച്ചത് തോയം ജലം വിന്ധ്യാവലിയിൽ നിന്ന് ഏറ്റുവാങ്ങി എന്താണ് വാമനനായിക്കൊണ്ട് മഹാബലി കൊടുത്ത സമയത്ത് ഭഗവാൻ അതിനെ വെള്ളമാണ് ആദ്യം തന്നെ സ്വീകരിക്കുന്നത് എന്ന് പറയാം ശ്രദ്ധ ശ്രദ്ധയോടുകൂടിയിട്ട് സ്വീകരിക്കണം ജലം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ നല്ലത് തന്നെ ഭഗവാൻ ഈ അധ്യായത്തിന് പറഞ്ഞത് പേര് എന്നാണ് രാജവിദ്യ രാജഗുഹ്യം എന്നാണ് ഇത് അങ്ങേയറ്റത്തെ ജ്ഞാനങ്ങളിൽ ഉത്തമം അതേസമയത്ത് ഞാൻ നിനക്കിത് നന്നായി പറഞ്ഞു തരാം ജ്ഞാനം വിജ്ഞാന സഹിതം അഹം വക്ഷ്യാമി തേ അഹം വക്ഷ്യാമി എങ്ങനെയുള്ളവനായിരിക്കണം നീ അനസൂയവാനായിരിക്കണം അസൂയ രഹിതനായിരിക്കണം പര ദോഷം ദർശിക്കാത്തവനായിരിക്കണം എന്നാ നിനക്കിത് എന്താവും ബോധ്യമാവും അപ്പൊ എന്താണ് ഇവിടെ ഭഗവാൻ പറയുന്ന പത്രം പുഷ്പം ഫലം തോയം എന്നുള്ളത് അപ്പൊ ഇതിനൊന്ന് വേണമെങ്കിൽ നമുക്ക് തിരിച്ചിടാം അല്ലെങ്കിൽ മറച്ചിടാം എങ്ങനെ വേണമെങ്കിൽ ഇടാം തോയത്തെ ആദ്യം കൊണ്ടുവരാം തോയെന്ന് പറഞ്ഞാൽ ജലം ജലത്തിൽ നിന്നാണ് ഭഗവാൻ തന്നെ ആവിർഭവിക്കുന്നത് എന്ന് എന്താ ഭഗവാന്റെ ആവിർഭാവം എന്ന് പറഞ്ഞാൽ നാരത്തിൽ നിന്നാണ് നാരായണൻ നാരത്തിൽ അയനം ചെയ്യുന്നവനാണ് നാരായണൻ നാരം പറഞ്ഞാൽ ജലം എന്നാണ് ജലമെന്നും പരമാത്മവിഷയകമായ ജ്ഞാനം എന്നും സാരം ഇപ്പം നാരത്തിൽ നിന്ന് ഇതൊരു ഇതൊരു വലിയ ചക്രത്തെ നമ്മുടെ മുൻപിൽ കാണിച്ചു തരിക നമ്മുടെ ഒരു എന്താ ഈ പ്രപഞ്ച ചക്രം വേറൊരു പ്രകാരത്തിൽ ഭഗവാൻ അവതരിപ്പിക്കുന്നു നാരത്തിൽ തുടങ്ങി നാരായണനിൽ അവസാനിക്കുന്ന അതെങ്ങനെയാണ് അവസാനിക്കുക ഈ ശ്രദ്ധയോടുകൂടിയുള്ള സമർപ്പണത്തിൽ എന്ന് പറയുക അർപ്പണമാണ് ഈ സമർപ്പണമാണ് വിജ്ഞാനത്തിൻ്റെ ലക്ഷണം ഓർത്തോളൂ നമ്മുടെ ശാസ്ത്രത്തിൽ ഭാരതീയ സംസ്കൃതിയിൽ ഈ സമർപ്പണത്തെയാണ് ഒരുവൻ്റെ ജ്ഞാനത്തിൻ്റെ അളവ് കണക്കാക്കുന്നത് അല്ലാതെ അവൻ്റെ അഹങ്കാരമല്ല എന്ന് പറയുക ആദ്യ ജീവരൂപം പ്രകടമാകുന്നത് ജലത്തിൽ നിന്നാണ് ഈ പറഞ്ഞ നാല് കാര്യങ്ങളും നമ്മൾ സയൻസ് ഒരു ഒരൽപ്പം സയൻസും കൂടെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ കാര്യം വളരെ എളുപ്പമാണ് എളുപ്പമാണ് അമീബയിലാണല്ലോ അമീബയാണല്ലോ ആദ്യത്തെ ജലജീവി എന്ന് സയൻസ് വിശേഷിപ്പിക്കുന്നത് ഏതായാലും ജലത്തിലാണ് ജീവന്റെ ജല ജലത്തിൽ നിലനിന്നുകൊണ്ട് ജലത്തിൽ തന്നെ നിന്ന് ജലത്തിൽ ജീവിക്കുന്ന ജീ അനേക ജീവജാലങ്ങളുണ്ട് ജലത്തിൽ നിന്ന് പിന്നീട് എന്തുണ്ടാകുന്നു എന്നാണെങ്കിൽ ഇലയാണ് ഇല എന്ന് പറഞ്ഞാൽ ചെറിയ പായൽ നമ്മുടെ വെള്ളം വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ സൂര്യപ്രകാശം കടത്തി വിട്ടുകഴിഞ്ഞാൽ അതിലെന്തുണ്ടാവുന്നു ചെറിയ പൂപ്പൽ ഉണ്ടാവും ആ പൂപ്പല് നിങ്ങൾ അവിടെ എങ്ങനെ വളരാൻ അനുവദിക്കുകയാണെങ്കിൽ ആ പൂപ്പൽ ഭക്ഷിക്കാനായിട്ട് വേറെ ചെറു ജീവികളുണ്ടാകും ജലത്തിലാണ് ജീവന്റെ ആദ്യ ഭാവം പ്രകടമാകുന്നത് അപ്പൊ ഈ ജലത്തെ മാത്രമെടുത്ത് ഈ ജലത്തെ ഞാൻ സമർപ്പിക്കുക എന്ന് ചെയ്യും സമർപ്പിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചു കൊടുക്കലാണ് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അറിവാണ് സമർപ്പണം അറിവിന്റെ ലക്ഷണമാണല്ലോ കാരണം ഇതിലാണ് ഞാൻ ഉണ്ടായത് എന്നെ ഞാനാക്കിയതിൽ ഇതാ ഏറ്റവും മഹത്തരമായ പങ്കുവഹിച്ച ജലം രഹസ്യങ്ങളിൽ രഹസ്യമാണ് അല്ലാതെ നിങ്ങൾ വെറുതെ വെള്ളം എടുത്തിട്ട് പത്രം പുഷ്പംബലം തോയും യോമയെ ഭക്തിയാ പ്രകിച്ചതി നാക്കിയതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് ആഗമാനന്ദ സ്വാമികളും പറഞ്ഞിട്ടുള്ളത് നീരിത കല്ലേ കല്ലിനോട് പറയാം നീരിത എന്താ പിടിച്ചോ നീര് എന്ന് പറഞ്ഞാൽ ജലം നീരിത കല്ലേ പൂവിത കാറ്റേ പൂവിട്ട് കൊടുക്കുന്ന ആർക്ക് ആ കാറ്റിനാണ് ചോറിത കാക്കയെ മന്ത്രമാണ് ചോറിതാ കാക്കെ ഞാനിതാ പോണേ ഞാനിതാ പോവാണ് എനിക്ക് വയ്യാ സമയം പൂജകൻ ഇത്തരത്തിലാണ് ഈശ്വരനെ പൂജിക്കുന്നതെങ്കിൽ അപ്പൊ ഈ പത്രവും പുഷ്പവും ഫലവും തോയവും ഭഗവത് സമർപ്പണമായി കൊടുക്കുന്നതിന്റെ പിറകിലെ വലിയൊരു സയൻസ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കുക എവിടെന്നാണ് നോക്കൂ നമ്മുടെ താഴെ ഈ ഭൂമി മുകളില് സൂര്യൻ അല്ലെ സൂര്യൻ സൂര്യനിൽ നിന്നാണ് ജീവൻ പറഞ്ഞു സൂര്യനിലൂടെയാണ് വര സൂര്യനിൽ നിന്ന് ചന്ദ്രനിൽ നിന്ന് അങ്ങനെ ഇതിനെ നേരത്തെ മുമ്പ് പറഞ്ഞതാ ഈ അധ്യായത്തിന്റെ കണക്ഷൻ വിട്ടുകഴിഞ്ഞൊക്കെ പോയി സാമാന്യ രീതിയില് നിങ്ങൾ ഈ ശ്ലോകത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് സ്വാമിക്ക് അറിയാം എങ്ങനെ തുളസി എല കൂളത്തിന്റെ അല ഇതൊക്കെ ക്ഷേത്രത്തിൽ ഇങ്ങനെ കൊടുക്കൽ ഇരിക്കട്ടെ ഫലം പഴം കൊടുക്കുക ഓറഞ്ച് ഓറഞ്ചില്ല അല്ലെ അതായത് വെള്ളിയോ ആ പല ഫലങ്ങളും ഉണ്ടല്ലോ മത്തൻ പഴമോ നാളികേരം ഇതൊക്കെ ഫലം കൊടുക്കും ഭഗവാനെ തോയം അതും പുഷ്പവും ഉണ്ട് അപ്പൊ ഈ പുഷ്പം മേടിച്ചു വെക്കുന്നതും ഫലം മേടിച്ചു വയ്ക്കുന്നതും ഈ കാര്യത്തിലൊക്കെ ഞാൻ അതീവ ശ്രദ്ധാലുവാണ് ആരാണ് ശ്രദ്ധയോടുകൂടി എനിക്കിത് തരുന്നത് ഞാൻ അത് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഇത് രഹസ്യങ്ങളുടെ രഹസ്യമാകുന്നത് എങ്ങനെയാണ് ഭഗവാൻ ഇതിലാണ് രഹസ്യം മുഴുവൻ പറയുന്നത് അപ്പൊ ജീവനിൽ ആദ്യ ജീവൻ പ്രകടമായത് ജലത്തിലാണ് എന്റെ എന്റെ ഈ ഭാവം ഞാൻ എന്നത് തന്നെ ഉണ്ടായത് ജലത്തിലൂടെയാണ് ഹാ എന്നിട്ടോ നോക്കൂ മോള് സൂര്യൻ താഴെ ഭൂമി ഇതിലുള്ള ഈ ജല ഇതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പൊ ഞാൻ പ്രകട ജീവഭാവത്തിൽ ഈ പ്രപഞ്ചത്തെ അന്വേഷിക്കുന്ന അതിൻ്റെ കാരണത്തെ അന്വേഷിക്കുന്ന നീ എവിടെ നിന്ന് ഉദ്ഭവിച്ചു നിന്റെ കാരണത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നിനക്കൊരു ഒരു സമർപ്പണമുണ്ട് ആ സമർപ്പണത്തെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ ജലം ജലത്തിൽ നിന്ന് ആവിർഭവിച്ച ഇല ഇലയാണ് പിന്നത്ത് ഏറ്റവും പോഷകമാർന്നത് കാർബോഹൈഡ്രേറ്റിനെ നിലനിർത്തുന്നത് നമുക്ക് വേണ്ട അന്നജ അന്നത്തെ തരുന്നത് അതാണ് മറ്റൊരു എന്താ പറയുക ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹീതമായിട്ടുള്ള അങ്ങേയറ്റത്തെ അനുഗ്രഹ വർഷം നിറഞ്ഞു നിൽക്കുന്ന ഇല ആ ഇലയുടെ അനന്തര ആ ഇലയിലാണ് എല്ലാ പ്രവർത്തനവും നടക്കുന്നത് സൂര്യന്റെ കിരണങ്ങളെ ആവാഹിക്കുന്നു ആ ആവാഹന പ്രക്രിയ അവിടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പുഷ്പിക്കലാണ് പുഷ്പത്തിന് വേണ്ട മുഴുവൻ സാധ്യതകളെയും പുഷ്പിക്കൽ എന്ന് പറയുമ്പം കേവലം എന്താ പറയുക പൂവല്ല പുഷ്പിക്കൽ മാത്രമല്ല നമ്മുടെ ഒരു പുഷ്പിക്കലും ഉണ്ട് നമ്മളെ സംബന്ധിച്ച് എന്താ ഭാരതീയ ശാസ്ത്രത്തിൽ പല ശാഖകളിലും പലയിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം വാത്സ്യായനന്റെ കാമസൂത്രത്തിലൊക്കെ കുമാരകുമാരിയുടെ പുഷ്പിക്കലാണ് മറ്റൊരു പ്രജയെ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ശേഷി കൈവരിക്കുന്നതിന് പറയുന്നത് എന്ന് പറഞ്ഞാൽ തനിക്ക് മറ്റൊന്നിനെ തന്നെ പോലെ വേറൊരു സൃഷ്ടി നടത്താൻ ഞാൻ യോഗ്യനാവുന്ന വേളയില് ഋഷി ഉപയോഗിച്ച ശബ്ദം പുഷ്പിക്കൽ എന്നാണ് ഒരുവൻ പുഷ്പിതനാകുന്നു എന്നാണ് വെറും എന്താ പറയുക തോട്ടത്തിലെ പൂ മാത്രമല്ല ഗംഭീര നമ്മുടെ ശാസ്ത്രം അത് തോന്നിയാസാസ്ത്രം എന്ന് മനസ്സിലാക്കിയത് ഈ കുഴപ്പമായത്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 വെറും എന്താ പറയുക തോട്ടത്തിൽ പൂ പൂക്കുന്നത് മാത്രമല്ല ഗംഭീര നമ്മുടെ ശാസ്ത്രം അത് തോന്നിയാസാസ്ത്രം എന്ന് മനസ്സിലാക്കിയതായി കുഴപ്പമായത് ആ ശാസ്ത്രമൊക്കെ നമുക്ക് അന്യമായതാണ് ഇന്നത്തെ എല്ലാ ഭക്ഷണത്തരങ്ങൾക്കും കാരണം അപ്പൊ അവിടെ ഒരു പുഷ്പിക്കലുണ്ട് എന്തിനായിക്കൊണ്ടുള്ളതാണ് ഫലത്തിനായിക്കൊണ്ട് എന്ന് പറയാ ആ പുഷ്പിക്കലിന്റെ പൂർത്തീകരണമാണ് ഫലം എന്ന് പറയുക അതെന്താണ് അടുത്തതിന്റെ വിത്താണ് ായിട്ടുള്ള വിത്തനെ സംജാതമാക്കലാണ് ഇത് ചക്രം ഇത് രഹസ്യമാണ് എന്ന് പറയാം രഹസ്യങ്ങളുടെ രഹസ്യമാണ് ഇത് അറിയുന്നത് സമർപ്പണമാണ് എങ്ങനെ വേണം ശ്രദ്ധയോടുകൂടിയിട്ട് എന്നിലേക്ക് ഇതിനെ സമർപ്പിക്കണം എന്ന് പറയാം അപ്പൊ ആ പരാഗണം അതിൽ എന്തൊക്കെ ഉണ്ടെന്നറിയാം സയൻസ് സയൻസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു പൂവിൽ പരാഗണം നടക്കണം അപ്പോഴേ അതിൽ എന്തുണ്ടാവുള്ളൂ കായ അല്ലെങ്കിൽ പൂവ് നിഷ്ഫലമാവും അത് ആരാണ് നടത്തുന്നത് ഞാനാണ് എന്ന് പറയാ ജീവന്റെ ആദ്യ ഭാവം എന്താ പ്രോട്ടോപ്ലാസ് അല്ലെ അത് അത് ജലത്തിലാണല്ലോ അതു മുതൽ അവിടെ നിങ്ങോട്ട് എന്താ ആ നാരത്തിൽ ജീവശക്തിയായി ആരംഭിച്ച് പല പല ഭാവങ്ങളിലൂടെ കടന്നു വന്ന് ആ തീർന്ന ആ മഹാ എന്താ പ്രയാണം ഉണ്ടല്ലോ അതിനെ ഒരു തിരിച്ചറിയുന്ന വേളയിൽ താൻ അറിയാതെ സമർപ്പിതനാകും അല്ലാതെ ഇതാ ഭഗവാനെ കുറച്ച് തുളസിയുടെ ആ തല മുഴുവൻ മുരണ്ടി എടുത്തിട്ട് ഇരിക്കട്ടെ പത്രം പുഷ്പം ബലം ദോയം ഭക്തിയെ ഭക്തി ആ പ്രയച്ചതി എന്നല്ലേ പറഞ്ഞത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ തിരുമേനി ഇതങ്ങട്ട് എടുത്തു വെച്ചോളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായി അതങ്ങോട്ട് കൊടുത്തത് അതൊക്കെ അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു എന്താ ചടങ്ങ് എന്നെയാണുള്ളൂ അതിലുപരി ഇതിൽ ഇത്തരത്തിലൊരു രഹസ്യം അതായത് പരസ്യമായ രഹസ്യം വിജ്ഞാന സഹിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ അനുഭവം നാം ഇതാണ് ഇന്ന് നമ്മുടെയൊക്കെ ഇന്നലകളിലേക്ക് ഒന്ന് പോയി നോക്കും ആ ഇലയിൽ ഇലയിലൊക്കെ നിന്നത് നമുക്ക് കാണാൻ പറ്റും ഞാൻ ഇല ഇലയിലുണ്ടായിരുന്നു എന്നും അച്ഛൻ കഴിച്ച് അന്നത്തിലേക്ക് വരുന്നതും ഒക്കെ ഒന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഈ ഈ ചക്രത്തിലൂടെ നമുക്കിങ്ങനെ കടന്നു വരാം ഇത് നമ്മളിങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കല്ലേ ഗീതയൊക്കെ എട മസിലയച്ചാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ ഈ മസിൽ പിടിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല നീ കേവലം സ്വാമി ഇതിനൊന്നും എതിരല്ല സ്വാമി ഇങ്ങനെയൊക്കെ പറയുമ്പോഴാ നിങ്ങളാകെ സംശയിക്കുക അപ്പൊ സ്വാമി ഞാൻ ഈ കുറേ സ്വാമി എന്തായി പറയുന്നത് ഞാൻ ഈ പൂവൊക്കെ കൊണ്ടു കൊടുക്കാനുള്ള എന്ത് വില പിടിച്ചൊരു പാത്രം തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ട് അറിയാം ഞാൻ അതിങ്ങനെ കൊണ്ടുപോയി നടയിൽ വയ്ക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ നോക്കും എന്തല്ല പാത്രമാണ് ദരിദ്രവാസികൾ ഈ ഒരു ജാതി പ്ലാസ്റ്റിക് കവറിലൊക്കെ കൊണ്ടുവരും എനിക്കതൊന്നും ഇഷ്ടമല്ല ഞാൻ ആ ഇതൊക്കെ പിടിച്ചു അപ്പൊ ഇതൊക്കെ വെറുതെയായി ഒക്കെ വെറുതെയായി നമുക്കൊരു പ്രത്യേക ഒരു ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് അമ്പലത്തിലേക്ക് പോകാൻ അതൊക്കെ തന്നെയേ പറ്റുള്ളൂ അതൊക്കെ എന്തിനാണ് അതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ കാണണം ഇതിൽ കുറഞ്ഞതും എനിക്ക് പറ്റില്ല എന്നുള്ള മട്ടില് അപ്പൊ മറ്റേ വിദ്വാനും ഉണ്ടാവും കൂട്ടത്തിൽ ആ ഒരു വലിയ ചെയിനൊക്കെ അങ്ങനെ എടുത്തിട്ട് ഭഗവാനെ ഇവിടെ ഇരിക്കുന്നത് ഞാനൊക്കെ ഇവിടേക്കുള്ളതുകൊണ്ടാണ് എന്ന മട്ടിലാണ് അങ്ങനെ നിൽക്കുക ഇതാ പറയുന്നു വിനയത്തിന്റെ ഭാഷ മനസ്സിലാവണമെങ്കിൽ ഇത് മനസ്സിലാക്കൂ വ്യഷ്ടിയുടെയും സമഷ്ടിയുടെയും പാരസ്പര്യം ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹ അഖായുരിന്ദ്രിയ രാമ മോഖം പാർത്ഥസ ജീവതി ഇങ്ങനെ അങ്ങേയറ്റം താളാത്മകമായി അങ്ങേയറ്റത്തെ താളത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ചക്രത്തെ ആരറിയുന്നില്ലയോ അവന്റെ ജീവിതം വ്യർത്ഥം നിഷ്ഫലം യഹ അനുവർത്തയതി ആരാണ് അനുവർത്തിക്കുന്നത് അവന്റെ ജീവിതം അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാം അല്ലാത്തവനോ അപ്പൊ ഇവിടെ ഭഗവത്ഗീതയുടെ ദൗത്യം എന്താണ് എന്താണ് ആരാണ് അർജുനൻ അർജുനൻ എന്ന് പറഞ്ഞാൽ ഭഗവാനും അതായത് നമ്മളും നരനും നാരായണനും തമ്മിലുള്ള കണ്ണിയാണ് അർജുനൻ ആ കണ്ണി ആ കണ്ണിയായി നിൽക്കണം ആ ലിങ്ക് പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം പോയി ആ കണ്ണിയായി നിന്നുകൊണ്ട് നമ്മളോട് പറയാണ് ഭഗവാൻ അർജുനനെ നിമിത്തമാക്കിയിട്ട് നീ അന്വേഷിക്കൂ ഈ സത്യത്തെ അറിയൂ എന്ന് പറയാം അപ്പൊ നമ്മളിലെ ആ അപാരമായ രിക സാധ്യതയെ നാം എന്ത് ചെയ്യണം ആവിഷ്കരിക്കേണ്ടതുണ്ട് അതിൻ്റെ അതിൻ്റെ അളവ് എത്രയാണെന്നറിയോ അതിൻ്റെ അളവൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറയാം അതിനെ ഇതുവരെ ആർക്കും മെഷർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് അതറിഞ്ഞാൽ ഭൂമി കിടിലം ഭൂമി പോലും വിറയ്ക്കും നീ അതിനറിഞ്ഞാൽ ആ സാധ്യതയിലേക്ക് ഉണരാൻ അതിനെ ആ സാധ്യതയുടെ വക്താവാണ് ആ സാധ്യതയെ പ്രതിനിധാനം ചെയ്യുന്നു അർജുനൻ പറയാ അതുകൊണ്ട് വളരേണ്ടത് ആവശ്യമാണ് ഇവിടെ ഇതാണ് വളർച്ച ഇതാണ് ഈ അധ്യായത്തിന്റെ കാതൽ അല്ല നിങ്ങൾ വിചാരിച്ചേക്കരുത് കുറച്ച് ചല കൂവളത്തിന്റെ ഇലയോ പിന്നെ തുളസിയുടെ ഇലയോ ഏതെങ്കിലും ഫലം എടുത്തുകൊണ്ടുപോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുപോയിട്ട് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന കാര്യമാണ് ഭഗവത്ഗീതയിൽ രഹസ്യങ്ങളുടെ രഹസ്യമായി ഭഗവാൻ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അത് ഗീതയ്ക്കും അതുപോലെ ഭഗവാനും കുറച്ച് ക്ഷീണമാണ് പത്രം ഇവിടെ ഒരു ഇല കാണുന്ന സമയത്ത് നമ്മുടെ ഈ ചക്രം ഓർമ്മ വരണം ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നതാ ഭക്തിയാ പ്രയച്ചതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് കൊടുത്താൽ മതി അത് ഞാൻ അതുപോലെ സ്വീകരിക്കുന്നു പറഞ്ഞാൽ ഞാൻ ആ ഞാനും അവനും പിന്നെ ഭേദമില്ല എന്ന് പറയാം അവൻ ഞാനായി എത്തിയിരുന്നു ഈ രഹസ്യം അവൻ അറിഞ്ഞവനായി ഇതിനോട് ഒരു കുറച്ചൊരു ശ്രദ്ധ നിങ്ങൾ വെക്കൂ മറ്റേ കഥകളൊക്കെ ഇരിക്കട്ടെ അവസാന സമയത്ത് ഗജേന്ദ്രൻ പൂ കൊടുത്തതും ശബരി കൊടുത്തതും എല്ലാം ഇരുന്നോട്ടെ കൂട്ടത്തില് ഇതും കൂടെ ഇരുന്നോട്ടെ ശരി തുടങ്ങാം ുഹോഷി ദ തപസ്യസി ഹേ കൗന്തയ തത് കൂരുഷവ മ അല്ലയോ കുന്ദീപുത്ര അർജുന യത് യത് എന്ന് പറഞ്ഞാ യാതൊന്നും യത് എന്നുള്ള എല്ലായിടത്തേക്കും എടുത്തോളൂ യത് കരോഷി നീ എന്ത് ചെയ്യുന്നുവോ ഇതിൽ പെട്ടുവെല്ലാം എന്നാലും ഭഗവാൻ ഓരോന്ന് പ്രത്യേകം പ്രത്യേകം പറയണം വിശേഷമായിട്ട് ഓരോന്നിനെ എടുത്തു പറയാ എന്തൊക്കെയാണ് യത് യാതെന്ന് ചെയ്യുന്നുവോ യത് അശ്നാസി നീ എന്ത് ഭക്ഷിക്കുന്നുവോ അശ്നാസി എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക എന്തൊക്കെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവോ ഏതൊക്കെ അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുന്നുവോ എത് ജുഹോഷി എന്തൊക്കെ നീ ഹോമിക്കുന്നുവോ എന്തൊക്കെ ഹോമാദി പ്രക്രിയകൾ നീ ചെയ്യുന്നുവോ എത് ദദാസി നീ എന്തൊക്കെ ദാനം ചെയ്യുന്നുവോ എന്തൊക്കെ കൊടുക്കുന്നുവോ എത് തപസ്സി യാതൊരു തപശ്ചര്യകളിലൊക്കെ നീ ഏർപ്പെടുന്നുവോ ത് അതെല്ലാം തന്നെ മതർപ്പണം കുരുഷ എന്നിലർപ്പിച്ചുകൊണ്ട് നീ ചെയ്യൂ നമുക്കില്ലാത്തതും ഇതാണെന്ന് പറയാം എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരമ്പലത്തില് അവിടെ അമ്പലത്തിന്റെ സംഘാടകർ പറഞ്ഞു സാറേ ഇവിടെ ഈ വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞാൽ ഈ അങ്ങോട്ട് ആളുകൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് വലിയ ഇരുട്ടാണ് അപ്പൊ നമുക്ക് ഈ ഭാഗത്തൊരു നാലഞ്ച് ട്യൂബ് വെച്ചാൽ തരക്കേടില്ല എന്ന് പറഞ്ഞു ഒന്ന് രണ്ടു പേരൊക്കെ സാറും ഒരു ട്യൂബും ഒരു ഇതുമൊക്കെ ആവട്ടെ പക്ഷെ ട്യൂബിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുക വടക്കേ പറമ്പത്ത് നാരായണൻ നായർവാക ഉള്ള പ്രകാശം മുഴുവൻ പോയി എന്ന് പറയുക ഇല്ലേ അതെ ഒരിക്കലും ഒരാളോട് ചോദിച്ചൊന്നാണ് അമ്പലക്കാരി ചോദിച്ചു ഒരു വിരുദൻ ചോദിച്ചു സാറേ എന്താ എndale എഴുതണ്ടേ ഇംഗ്ലീഷിൽ വേണോ മലയാളത്തിലോ വേണോ സംസ്കൃതത്തിലോ വേണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓ സംസ്കൃതമാണ് ല്ലേ ദേവഭാഷ അപ്പോൾ भगवान മനസ്സിലാവണെങ്കിൽ അതിലല്ലേ എഴുതേണ്ടത് അപ്പോൾ ഞാൻ അതിലായിkota ഓ സംസ്കൃതത്തിൽ എഴുതാല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ലങ്കി വേണ്ട भगवान എല്ലാം അറിയം നാടത്താര അറയട്ടെ മലയാളത്തിൽ എഴുതിയാ മതി അറയണ്ട നാടത്താര അപ്പോൾ കൊണ്ട് കൊടുക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഭഗവത് സമർപ്പണം ഭഗവാനെ സങ്കൽപ്പിച്ചുകൊണ്ട് എന്നിൽ അർപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് പിന്നെ ആരാ ഉള്ളത് സ്വസ്വത്വ നിവൃത്തി പരസ്വത്വ ആപാദനം ദാനം സ്വന്തം ഉടമസ്ഥതയെ ഉപേക്ഷിച്ച് പരൻ്റെ ഉടമസ്ഥതയിലേക്ക് ഏൽപ്പിക്കുന്നതിനെയാണ് ദാനം എന്ന് പറയാം നമ്മളോ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ നമുക്ക് അവിടെ എങ്ങനെ വേണോ അത് അല്ലെ ഒരു ഭക്തൻ വക എന്ന് പോലും എഴുതി വെക്കുന്ന സമയത്ത് നമ്മൾ ആളുകളോട് പറയും ആ ഭക്തൻ ഏതാണെന്ന് അറിയാം ഞാനാ പിന്നെ എനിക്ക് ഈ പേരെഴുതി വെക്കുന്നു എന്ന് അത്ര ഇഷ്ടമല്ല ആളുകൾ നിർബന്ധിച്ചപ്പോ എന്നാ ശരി ഭക്തൻ എന്നിരിക്കട്ടെ ഒരു ഭക്തൻ വക ഏത് സംഗതി നമ്മള് കൊടുക്കുന്ന സമയത്ത് ഒരു കത്ത് ഒരു എന്താ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാനൊന്നും അറിയില്ല പാവം ഒരു ചെറുപ്പക്കാരനാണ് പവൻ പറഞ്ഞു സാറേ ഇതൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്ത് വരുമോ ശരി വരും ഇരിക്കും എന്താ പേര് അച്ഛന്റെ പേര് പറമ്പ് വീട് അത് ഇത് എഴുതി കൊടുത്തു ഇവിടെ ഒരു ഒപ്പിട്ടോ അതറിയോ ആ അതറിയാം അഡ്രസ്സൊക്കെ എഴുതി കത്ത് ജോലി കിട്ടിയവന് എന്നിട്ട് പറയാം ഞാനാണ് അവൻ്റെ ജോലി മേടിച്ചു കൊടുത്തത് ഇങ്ങനെ അഭിമാനിക്കുന്ന അഹങ്കാരം നമ്മുടെ നമുക്കുണ്ട് എന്ന് പറയാം അപ്പൊ ഇവിടെയൊക്കെ ഭഗവാൻ എന്താ പറയണത് മതർപ്പണം എന്നിൽ അർപ്പിച്ചുകൊണ്ട് എന്ന് പറയുമ്പം നീ ഇല്ലാതിരിക്കും അവക്കെല്ലാം നമ്മളാണ് ഞാനവിടെ പോയപ്പം ഞാനില്ലെങ്കിൽ അറിയായിരുന്നു അവൻ്റെ കാര്യം തക്ക സമയത്ത് ഞാൻ അവിടെ എത്തിച്ചേർന്നതുകൊണ്ട് രക്ഷപ്പെട്ടു പലപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോ പോയിക്കഴിഞ്ഞാൽ പറയില്ലേ നിങ്ങൾക്ക് നിങ്ങളോടൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ എന്ന് അറിയില്ല അമ്മ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മരുമകൾ പറയണം ഇതാ അമ്മ പോയപ്പം ഈ വീട് ഉറങ്ങിയതുപോലെ ഈ വീട്ടിലൊരു ഉണ്ടാട്ടുമില്ല അപ്പൊ നമ്മൾ ഇതിനെ വേറൊരു വിധത്തിലാണ് ധരിച്ചിരിക്കണത് അതായത് അമ്മ വീട്ടിൽ നിന്ന് പോയത് അവര് സത്യം പറഞ്ഞതാണ് ഈ ഒരു വീട് ഉറങ്ങുന്നത് എപ്പോഴാണ് ശാന്തമായിരിക്കുമ്പോഴാണ് അമ്മ ഇവിടെ ഉണ്ടെങ്കിലോ അയ്യപ്പോ ബഹള എന്തൊരു സ്നേഹമാണെന്നറിയാം ഒക്കെ എന്നോട്ട് അവൾ പറയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീട് ഉറങ്ങിപ്പോയത്ര ഞാൻ പോയപ്പം വളരെ വളരെ സത്യം പറഞ്ഞതാണ് പൂർവികന്മാര് പറയും പല്ലിയുടെ ധാരണ എന്ന് പറയും പല്ലിക്ക് അങ്ങനത്തെ ധാരണയൊന്നുമില്ല ഇത്തരത്തിൻ്റെ മുള്ളിൽ നിൽക്കുമ്പോൾ ഞാനാണിത് താങ്ങുന്നത് എന്ന് അങ്ങനെ നമ്മളെക്കുറിച്ച് പറയാറുണ്ട് ശരിയായിരിക്കാം ഇവിടെ പറയുന്നു നോക്കും ശ്രദ്ധിക്കുക ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ എന്താ സംസ്കൃതിയിൽ സംസ്കൃതിയുടെ ഏറ്റവും മഹത്തരമായ പ്രഖ്യാപനങ്ങളാണ് ഇതൊക്കെ അപ്പൊ ചിലർ നിങ്ങളിൽ ചിലർക്കൊക്കെ സംശയമുണ്ടാവും ഇപ്പം സ്വാമി പറയുകയാണെങ്കിൽ ഒരിക്കൽ ഒരു പ്രഭാഷണ വേളയിൽ ഒരു ഇസ്ലാം പുരോഹിതൻ സ്വാമിയോട് ഇതിന് മറുപടി പറയാൻ പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറുപടി എന്താ പ്രഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് അഞ്ചു നേരം പ്രപഞ്ച നിയാമകന്റെ മുൻപില് മുട്ടുമടക്കുന്ന ഒരു ജനത ലോകത്ത് വേറെ എവിടെയുണ്ട് എന്ന് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഞാൻ അതിന് മറുപടി കേൾക്കാൻ മറ്റാചാര്യന്മാരുടെ മറുപടി കേൾക്കാൻ ഞാൻ തയ്യാറായിട്ട് ഇരിക്കുകയാണ് എന്നാ പറഞ്ഞത് ആ സമയത്ത് നമുക്ക് തോന്നിയത് ഈ ശ്ലോകമാണ് ഇതൊരഞ്ച് നേരമല്ല എന്ന് പറയുക അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ഏതെങ്കിലും ഈശ്വരന്റെ മുൻപിൽ മുട്ടു അല്ലെങ്കിൽ ഈശ്വരനെ ഓർക്കാനോ പ്രത്യേക സമയം പറഞ്ഞിട്ടില്ല യത് കരോഷി എന്ത് ചെയ്യുന്നുവോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ അതിലെല്ലാം പെട്ടു എന്നാൽ വീണ്ടും പറയണോ ഈ എന്ത് ഭക്ഷിക്കുന്നുവോ യത് എന്തൊക്കെ ഹോമിക്കുന്നുവോ യദാസി എന്തൊക്കെ കൊടുക്കുന്നുവോ യപസ്യസി എന്തൊക്കെ തപസ്സുകൾ ചെയ്യുന്നുവോ എല്ലാം തന്നെ മത് കുരുഷ തദാർപ്പണം ഇതാണ് ഗീതയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അതിലാണ് എനിക്ക് പ്രത്യേകിച്ചൊരു സമയമോ പ്രത്യേകിച്ചൊരു ദിവസമോ തിങ്കളാഴ്ചയാണോ ഞായറാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ ബുധനാഴ്ചയാണോ ഒന്നുമില്ല പക്ഷേ നമ്മുടെ ഈ ഹിന്ദുക്കളായ ജന്തുക്കൾ പറയുന്നു നമുക്കൊരു പ്രത്യേക ദിവസമൊന്നുമില്ല ചിലർക്ക് വെള്ളിയാഴ്ചയുണ്ട് ചിലവർക്ക് ഞായറാഴ്ചയുണ്ട് നമുക്ക് തോന്നിയ പോലെ എടോ നിന്റെ സ്വാതന്ത്ര്യം ഇതാണ് നിനക്ക് ഏത് ബാത്റൂമിലിരുന്നിട്ടും ഭഗവാനെ ധ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുക നീ ആ ചെയ്യുന്ന പ്രവൃത്തി തന്നെ അതാണ് എന്ത് ചെയ്യാമെങ്കിലും നീ പല്ല് തേക്കുന്നത് ബ്രഹ്മപൂജയാണ് നീ കുളിക്കുന്നത് തന്നെ നിന്റെ ഭഗവാനെ കുളിപ്പിക്കലാണ് ഇത്ര സ്വാതന്ത്ര്യവും ഇത്ര ഒരു സൗകര്യങ്ങളൊക്കെ തന്നിട്ടുള്ള ശാസ്ത്രമാണ് ഇവിടെ എന്ന് പറയുക ഇത് നിങ്ങൾ അറിയണം നമ്മൾ ആരെയും മോശം അത് ഇത് മുകളിലാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല പൊതുവെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ സ്വാമി കേൾക്കാറുണ്ട് നമുക്ക് നേതാവില്ല എന്ന് പറയാറുണ്ട് നമുക്ക് ഒരു ഗ്രന്ഥം ഇല്ല എന്ന് പറയാറുണ്ട് നമുക്ക് പ്രത്യേക ദിവസങ്ങളില്ല എന്ന് പറയാറുണ്ട് നമുക്കെന്താണ് ഇപ്പൊ കൊല്ലത്തിൽ ഒരു ഓണത്തിനോ അല്ലെങ്കിൽ ഒരു വിഷുവിനോ ഒക്കെ ഒരു ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു ശിവരാത്രി അങ്ങനെയല്ല ഇവിടെതാ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ അർജുനോട് പറയുന്നു യത് കരോഷി യത് അശ്നാസി യജുഹോഷി ദാസി യത് യപ്യസി കൗന്ദേയ ഇതൊക്കെ രഹസ്യങ്ങളുടെ രഹസ്യമാണ് ഭഗവത് പൂജ എങ്ങനെയാണെന്ന് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഭഗവാനെ പൂജിക്കാം നിങ്ങൾക്ക് ആ നിരന്തരം ആ സ്മരണം ഉണ്ടായിരിക്കണം എന്ന് പറയാം നിങ്ങളെ ദൈവമാക്കാൻ അർജുനന് അർജുനനെ ഭഗവാന് ഭഗവാനാക്കാൻ എന്തെന്നില്ലാത്തൊരു വെമ്പലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആ ആത്യന്തികമായ ആ ശൃംഖത്തിലേക്ക് ആ കൊടുമുടിയിലേക്ക് അർജുന എന്നിട്ട് കയറി വ നീ എന്തിനാ താഴെ നിൽക്കുന്നത് നമ്മളോടും പറയുന്നത് അതാണ് ഭഗവാൻ കയറി വരും എങ്ങനെയാ കയറി വരുന്നത് ഇതാ നീ എന്തൊക്കെ ചെയ്യുന്നുവോ ആ ചെയ്തികളിലൊക്കെ ഞാൻ എന്ന അനുഭവം ഞാൻ എന്ന സ്മരണ ആ അനുഭവം അതാണ് അനുഭവം ഞാൻ എന്ന സ്മരണ നിലനിർത്തിക്കൊണ്ട് നീ ഓരോന്നും ചെയ്യുന്നുവെങ്കിൽ നീ എന്നെ നഷ്ടപ്പെടുത്തില്ല എന്ന് പറയാം അല്ലെങ്കിലോ നമ്മള് നമ്മളെ നഷ്ടപ്പെടുത്തണമെന്ന് അപ്പൊ ആ അവസരത്തെ പാഴാക്കരുത് ഭഗവാൻ എന്ന അവസരത്തെ അങ്ങേയറ്റം അർത്ഥഗർഭമായ ഭഗവാൻ എന്ന ആ അവസരത്തെ ജീവിതത്തില് കർമ്മത്തിലൂടെ ഈ പറഞ്ഞിട്ടുള്ള ഓരോരോ ഭാവങ്ങളില് നാം നഷ്ടപ്പെടുത്തരുതെന്നാണ് നമ്മുടെ ആചാര്യന്മാർ കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നുവോ അതുകൊണ്ടാണ് നമ്മുടെ എന്താ പറയുക ജനനം മുതൽ അല്ലെങ്കിൽ ജനനത്തിന് മുൻപുള്ള ആ പ്രക്രിയം ആ പ്രക്രിയയിൽ പോലും അതിനെപ്പോലും ഹോമമായിട്ടാണ് ഋഷീശ്വരന്മാർ എന്താ പറയുക വിധിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേക സമയം അതിനനുയോജ്യമായിട്ടുള്ള സമയം അതിലെങ്ങനെയാണോ എന്താ പറയുക ഹവി എന്താ ഹോമകുണ്ടത്തിലേക്ക് ഹവിസർപ്പിക്കുന്നത് പോലെയാണ് രേതസിനെ എന്താ പറയുക യോനിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് അങ്ങനെയാണ് യജ്ഞസങ്കല്പമാണ് അതുമുതൽ എല്ലാം ഈശ്വരമയമായിക്കൊണ്ട് അല്ലാതെ ഈശ്വരൻ പറഞ്ഞാൽ അയ്യോ ഇതൊന്നും പാടില്ല ഈശ്വരന്റെ ഫോട്ടോ ബെഡ്റൂമിൽ പാടില്ല പിന്നെയോ അത് ആ മൂപ്പര അവിടെ സദാ സന്നിധന ഇങ്ങോട്ട് നിങ്ങൾ വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് നോക്കില്ല അങ്ങനെയൊക്കെ ചെയ്തതായി ചിലപ്പോ എന്ത് ചെയ്യുന്ന റീശ്വറിന്റെ പടത്തിന് ഒരു തുണി അങ്ങോട്ട് മറിച്ചിരിക്കുന്നു നമ്മുടെയൊക്കെ അറിവുണ്ടല്ലോ വ്യാസരൊക്കെ ഇന്നുണ്ടായിരുന്നെങ്കിൽ കിത്താവ് മടക്കി വെച്ചു ബ്രോഡ്വേ വഴി ഓടി ഉണ്ടാവും ആ പാലത്തിന്റെ അടി കൂടെ എങ്ങനെയെങ്കിലും പോയാൽ കടലിലെത്തുമല്ലോ അപാര അറിവാണ് നമുക്ക് മൂപ്പരെ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങോട്ട് ഈ തുണി അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും കാണുന്നില്ല അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെ നമ്മളെ അങ്ങേയറ്റം ചിന്തിപ്പിക്കാനും നമ്മളെ ആ നമുക്കത് കൈമോശം വരാതിരിക്കാൻ ആ ഭഗവാനെ വിഭജിച്ചു വെച്ചിരിക്കുന്ന എല്ലാ വിഭജനങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത് നമ്മുടെ കൂട്ടത്തിലൊരാളായി കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സദാ സർവദാ എല്ലായ്പ്പോഴും എല്ലായിടത്തും അതങ്ങനെ തെളിഞ്ഞ് വിളങ്ങി വിരാജിക്കട്ടെ രാജവിദ്യ രാജഗുഹ്യ യോഗം ഒൻപതാം അധ്യായം രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യങ്ങളുടെ രഹസ്യം വിദ്യകളുടെ വിദ്യ ഭഗവാൻ അവതരിപ്പിച്ചു ഈ അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകം നമ്മൾ ഇന്നലെ കണ്ടു പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്തി പ്രയച്ചതി ആരാണോ ഭക്തിയോടുകൂടി എനിക്ക് ഈ നാലെണ്ണത്തെ സമർപ്പിക്കുന്നത് നാലിൻ്റെ ഈ പത്രം പുഷ്പം ഫലം തോയം നാലെണ്ണങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് സ്വാമി വിശ്വസിക്കുന്നു എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ചിലർക്ക് വീണ്ടും സംശയമാണ് അപ്പൊ ഇതിനെങ്ങനെയായി സംശയത്തെയൊക്കെ നിവാരണം ചെയ്യേണ്ടതെന്ന് സ്വാമിക്ക് അറിയില്ല നമ്മളൊരു കാര്യം പറയുമ്പം ഒന്നിനെതിരല്ല പറയുന്നത് നിങ്ങൾ കുറെ കാലമായിട്ട് ചെയ്തു പോകുന്ന ഒരു കാര്യം കേവലം അങ്ങനെ അതാണ് എന്ന് അങ്ങോട്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണത് എത്രയോ കാലമായിട്ട് അങ്ങനെ വിശ്വസിച്ച് പോരുകയാണ് അപ്പോൾ കുറച്ച് പൂക്ക് കുറച്ച് ഇല ഞാൻ കൊണ്ടുപോയി ഇന്നലെ ഒരാൾ ചോദിച്ചത് അങ്ങനെയാണ് ഇപ്പോൾ ഫോൺ ചെയ്തിട്ട് ചോദിച്ച സ്വാമി അപ്പൊ ഇത് ഇനി വേണ്ടെന്നാണോ ഇനി കൊണ്ടുപോണ്ടാന്നാണോ പറഞ്ഞത് അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് കൊണ്ടുപോകാം കൊണ്ടുപോകാതിരിക്കാം ഇപ്പൊ ഒരു മറ്റ് മതത്തില് നിലകൊള്ളുന്ന ഒരാൾ ഒരു ക്രിസ്തീയ സമ്പ്രദായത്തില് അല്ലെങ്കിൽ ഒരു മുഹമ്മദീയ സമ്പ്രദായത്തില് കഴിയുന്ന ഒരാൾക്ക് ഈ ശ്ലോകത്തെ അദ്ദേഹം എങ്ങനെ സ്വീകരിക്കും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഐഗത ഇതൊക്കെ വെറും പൊട്ടത്തരണം ഇല്ലേ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ സമ്പ്രദായമേ അങ്ങനെയല്ല കാരണം ഈ പത്രം പുഷ്പം ഇതൊന്നും അവരങ്ങനെ കൊണ്ടു കൊടുക്കുന്ന ഒരു ഏർപ്പാടൊന്നുമില്ല പക്ഷെ അതിനിങ്ങനെയൊരു ഞാൻ നടന്നു വന്ന ഒരു വഴിയുണ്ട് ഞാനൊരു ഇല സമർപ്പിക്കുമ്പം ഞാൻ ആ വന്ന വഴിയെ ഏതിലൂടെയാണ് ഞാൻ വന്നത് ആ വന്നതിനെ ഞാൻ തിരിച്ചു കൊടുക്കണം ഒരു എന്താ പറയുക ഇലയിൽ നിന്ന് കിട്ടിയതിന് ഇതാ ഞാൻ തിരിച്ച് സമർപ്പിക്കുന്നു ഇപ്പൊ ഇസ്ലാം കടന്നു വന്ന വഴി ഇതല്ലേ ക്രിസ്ത്യൻ ക്രിസ്ത്യാനി കടന്നു വന്ന വഴി ഇതല്ലേ ജൈനൻ കടന്നു വന്ന വഴി ഇതല്ലേ കമ്മ്യൂണിസ്റ്റുകാരൻ കടന്നു വന്ന വഴി ഇതല്ലേ കോൺഗ്രസുകാരൻ കടന്നു വന്ന വഴി ഇതല്ലേ ബി കടന്നു വന്നത് ഇത് ഈ വഴിയെ ഇവിടെ ഒരു മതസ്ഥനും ഒരു രാഷ്ട്രീയക്കാരനും ഒരു ഭൗതികശാസ്ത്ര വിശാരകനും ഈ വഴി നിഷേധിക്കാൻ സാധ്യമല്ല എന്ന് പറയാം അതുകൊണ്ടിത് ഇതൊരു വലിയ തിരിച്ചറിവാണ് പത്രം പുഷ്പം ഫലം തോയം യോനെ ഭക്തിയാത്ര ഇത് ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആനന്ദത്തിൻ്റെ ഉറവ് ഉണ്ടാകുന്നുവെങ്കിൽ ശ്ലോകം നിങ്ങൾക്ക് മനസ്സിലാവും വീണ്ടും വീണ്ടും സംശയം ജനിക്കുന്നുവെങ്കിൽ സ്വാമിക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല കാരണം നിങ്ങൾ വീണ്ടും പഴയതുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നേ പറയാനോ അങ്ങനെയുള്ളവരെ തുടർന്ന് കേൾക്കാതിരിക്കുകയാണ് നല്ലത് ഇത്ര ദിവസമായ തിരിക്ക് സ്വാമിക്ക് അതേ പറയാനോ വേറെ ഒന്നും പറയാനില്ല കാരണം നമ്മൾ ഇത്ര ദിവസവും നമ്മുടെ കൂടെ വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആർക്കെങ്കിലും സ്വാമി അവരെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയില്ല കാരണം നമ്മുടെ വഴി ഇതാണ് ഇത് ശാസ്ത്രവിരുദ്ധ അല്ല നിങ്ങൾ അങ്ങനെയും വിചാരിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങൾ ഭൗതിക ശാസ്ത്ര ദൃഷ്ടിയ നിങ്ങൾ അന്വേഷിക്കൂ നിങ്ങളുടെ ഉദ്ഭവം എവിടെ നിന്നായിരുന്നു എന്ന് രേഖസിലല്ലേ ഞാൻ രൂപം പൂണ്ടത് അത് ഏത് വഴിയിൽ അതുണ്ടായി അതുണ്ടാവാൻ കാരണമായതെന്ത് കാർബോഹൈഡ്രേറ്റും അന്നജവും ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ ഈ മതവും സയൻസും രണ്ടായി നിന്നതായി കുഴപ്പമായത് ഭാരതത്തില് ഇവർ രണ്ടുപേരും ഒരിക്കലും ഒരു സംഘർഷവും ഇല്ലായിരുന്നു ഭാരതത്തിൽ ഭാരതത്തില് മാത്രമേ ഉള്ളൂ എന്താ പറയുക സയൻസിനും മതത്തിനും തമ്മില് രണ്ട് അതിർവരമ്പുകളില്ലാതെ കൈകോർത്തു പോയ ഒരേ രാജ്യം ഭാരതം മറ്റുള്ളിടത്തൊക്കെ വലിയ വെല്ലുവിളികൾ ശാസ്ത്രകാരൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും മതത്തെ ഇങ്ങനെ കണ്ടതും ഇവിടുത്തെ ഈ മതത്തെയും അവരെ ഇത്തരത്തിൽ നോക്കിക്കാണാൻ പ്രേരിപ്പിച്ചതും അതുകൊണ്ടാണ് അങ്ങനെയുള്ള പല ന്യൂനതകളും നമുക്കുണ്ട് പിന്നെ നമ്മൾ പഠിച്ച വിദ്യ നാം കടന്നു വന്നത് പത്തോ പതിനഞ്ചോ വർഷം പഠിച്ചതും ഇതിന് വിരുദ്ധമായിട്ടുള്ള ഒന്നാണ് അതൊക്കെ ആയിരിക്കാം നമ്മളെ സ്വാധീനിക്കുന്നത് പിന്നെ കുറെ കാലം നമ്മൾ ഈശ്വരന്റെ ഈശ്വരന് കൊടുക്കുക സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തു പോന്നിരിക്കുന്നു അപ്പൊ സ്വാമിക്കിപ്പം നിങ്ങളോട് സ്വാമി ഈ ശ്ലോകം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുക ഇങ്ങനെ പറയാം നിങ്ങളൊരു പൂവെടുത്തിട്ട് അങ്ങോട്ട് പിടിക്കുക ശരിക്കങ്ങോട്ട് എന്താ പറയുക ഉള്ളുരുകി അങ്ങോട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് അതങ്ങോട്ട് സമർപ്പിക്കുക എല്ലാം ശരിയാവും സ്വാമിക്ക് അറിയാം ശരിയാവില്ല കാരണം ഈ ഉള്ളുരുക എന്നുള്ള വാക്കുകൾ എവിടെയും ചെന്ന് എത്തില്ല എന്ന് പറയാ ഉള്ളുരുക എന്ന് പറയുന്ന നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും കുറച്ച് കരയണമെന്ന് എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നറിയോ എന്തോ ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നം എന്റെ ഭർത്താവിന്റെ അസുഖം അല്ലെങ്കിൽ എന്റെ അസുഖം മകളുടെ വിദ്യാഭ്യാസം മകളുടെ കല്യാണം ഇത്യാദി പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായിട്ട് ഞാനൊരു പൂവെടുത്ത് ഞാനൊരു ഫലമെടുത്ത് ഞാനൊരു അൽപ്പം ജലമെടുത്ത് കരയുന്നൊരു ഏർപ്പാട് അങ്ങനെ ഒരു ഏർപ്പാടല്ല ഇത് രഹസ്യങ്ങളുടെ രഹസ്യമായി ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരത്തെയല്ല ദയവീത് മനസ്സിലാക്കൂ ഇവിടെയെങ്കിലും നമുക്കിത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണ്ടേ അതുകൊണ്ട് ഉള്ളു ഉരുകിക്കോളൂ ഭക്തി പ്രയച്ചതി എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഇങ്ങോട്ട് മുറുക പിടിക്കുക ചെണ്ട അങ്ങനെ അവിടെ കൊട്ടുമ്പോൾ നിങ്ങൾ തീവ്രമാവണം നിങ്ങളുടെ ഇച്ഛ എന്ത് ഭഗവാനെ ശരിയാക്കി തരണേ ശരിയാക്കി തരണേ ശരിയാക്കി തരണേ ശരിയാക്കി തരണേ ശരിയാക്കി തരണേ അതാകാം അതിനൊന്നും തെറ്റില്ല പക്ഷെ ഇവിടെ രഹസ്യങ്ങളുടെ രഹസ്യമായി ഇത് പറയുമ്പം ഭക്തിയാ പ്രയച്ചതി എന്ന് പറയുമ്പം അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് ഞാൻ നടന്നു വന്ന നാല് വഴികൾ ജലം ഇല പൂവ് കായ ഇതെൻ്റെ വഴിയാണ് ഈ വഴിയിലൂടെ എന്നെ തിരിച്ച് നടക്കാൻ പോകുന്നത് അല്ലേ ഇതൊരു ചക്രമാണ് പറഞ്ഞത് ആ ഗംഭീര ശ്ലോകമാണ് ഗീതയിലെ ഏറ്റവും എല്ലാം ശ്ലോകങ്ങളും ഗംഭീരം തന്നെ ഒന്നൊന്നിന് എന്താ പറയാ ഏത് നീയോ വലുതോ ഞാനോ വലുതോ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഓരോ ശ്ലോകങ്ങളും ഈ ശ്ലോകത്തെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിരത്തി വെച്ച് നിങ്ങളോട് പറയാം ഈ ശ്ലോകം മാത്രമല്ല മിക്ക ശ്ലോകങ്ങളും പക്ഷേ നൂറ്റിയെട്ട് ദിവസം പോരാന്ന് വരും പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ചതി പ്രയതാത്മന അഹമശ്നാമി എന്ന് പറയുമ്പോൾ അഹമശനാമി എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചതും കൊണ്ട് കഴിക്കുന്നു എന്നല്ല പുരാണവുമായി ചേർത്ത് ദ്രൗപതിയുടെ ചീരയില കഴിച്ച് ഭഗവാൻ തൃപ്തിയായത് കേട്ട ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു എന്താ പറയുക ഈ ശ്ലോകം കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിലൊരു സംസ്കാരമുണ്ട് അത് ഇതാണ് ഭക്തിയോടുകൂടി ദ്രൗപതി കൊടുത്തപ്പം ഭഗവാൻ കഴിച്ചതോടുകൂടി അവിടെ കൂടിയിരുന്ന ദുർവാസാവിന്റെ കൂടെ വന്ന എല്ലാ ബ്രഹ്മചാരികൾക്കും ആശ്രമ അന്തേവാസികൾക്കും വയറ് നിറഞ്ഞു അവരൊക്കെ എംപൊക്കം വിട്ടു എന്ന് കഥയിൽ കേട്ട സമയത്ത് നമ്മൾ വിചാരിച്ചു ഇതുതന്നെയാണ് പുരാണം പുരാണത്തിന് പറയാൻ കുറെ കാര്യങ്ങളുണ്ട് അവിടെ ഭഗവാൻ തൃപ്തിയായെങ്കിൽ അവിടെ ഒരു സമർപ്പണം ഉണ്ടായിരുന്നു ഗജേന്ദ്രൻ സമർപ്പിച്ചുവെങ്കിലും അവിടെ ഒരു സമർപ്പണം ഉണ്ടായിരുന്നു ശബരി സമർപ്പിച്ചുവെങ്കിലും ഒരു സമർപ്പണമൊക്കെ ഉണ്ട് അത് വേറെ സ്വാമി അതിന് ഇന്നലെ മുൻകൂർ അതെല്ലാം അവിടെ ഇരിക്കട്ടെ ഒന്നും നിഷേധിക്കുന്നില്ല പക്ഷെ നിങ്ങൾക്ക് അത് മാത്രമേ ശരിയാകൂ എന്ന് പറഞ്ഞ ചിലരുടെ മനസ്സിൽ എന്താണോ അതേ സ്വാമി പറയാമോ അതിന്റെ അപ്പുറത്തേക്കൊന്നും പറയരുത് അതത്ര വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ക്ഷേമം നിങ്ങൾ ഈ ഭഗവത്ഗീത കൊണ്ട് നിങ്ങൾ അനുഗ്രഹീതരാകണം ഇതാണ് സ്വാമിയുടെ ഉദ്ദേശം ആഗമാനന്ദ സ്വാമികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരമ വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരു സ്വാമിജിയാണ് രാമകൃഷ്ണ മിഷനിലെ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് എന്താണെന്നറിയോ സമീപത്തുകൂടെ ഗംഗാജലം ഒഴുകെ നമ്മൾ നമ്മുടെ സഹോദരന്മാർക്ക് കൊടുക്കുന്നത് ഓടയിലെ വെള്ളാണ് എന്ന് ഓടയിലെ വെള്ളം ഇത്രയും പരിശുദ്ധമാർന്ന തെളിഞ്ഞ തെളിവുറ്റ ശാസ്ത്രനിരിക്കെ നാം അവർക്ക് പ്രശ്നത്തിന് പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നത് എന്താ ഗംഗാജലം ഒഴുകെ നാം കുടിക്കാൻ എടുത്തു കൊടുക്കുന്നത് ഓടയിലെ കെട്ട വെള്ളമാണ് എന്ന് പറയാം അതുകൊണ്ട് ഇതാ തെളിഞ്ഞ ശാസ്ത്രമാണ് അതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ സ്വാമി ഞങ്ങളോട് ആർക്കെങ്കിലും ഇതിൽ വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ വിയോജിപ്പിനെ ശാസ്ത്ര സമ്മതിയ നിങ്ങളതിനെ സമർപ്പിക്കാൻ തയ്യാറാകണം വെറുതെ പറഞ്ഞാൽ പോരാ നിങ്ങൾ പറയണം സ്വാമി ഇതൊന്നുമല്ല കുറെ പൂവ് അമ്പലത്തിൽ കൊണ്ടു കൊടുക്കലാണ് പഴം കൊണ്ടു കൊടുക്കലാണ് വെള്ളം കൊടുക്കലാണ് ഇതാണ് കാര്യം ഏത് ഭഗവാൻ ആണ് ഇത് സ്വീകരിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ സ്വീകരണം രഹസ്യങ്ങളുടെ രഹസ്യമാകുന്നത് ഇതെങ്ങനെ എന്നൊക്കെയുള്ള നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഇത്രയുള്ളൂ സ്വാമിക്ക് കടുംപിടുത്തൊന്നുമില്ല എന്നിട്ട് നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാ അതുകൊണ്ട് ആലോചിക്കൂ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചുള്ള ആലോചനയാണല്ലോ ഇവിടെ നടക്കുന്നത് തുടർന്ന് ഭഗവാൻ പറഞ്ഞു അതും വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് യ ജുഹോഷി യദാസി യപസ്യസി കൗന്ദേയ തത് പുരുഷ മതർപ്പണം നമ്മുടെ സനാതനധർമ്മത്തിന്റെ തന്ത്ര്യത്തിന്റെ അങ്ങേപ്പടി ഇത്രയും സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള ലോകത്തിലൊരു മതങ്ങളുമില്ല ചില ചില പ്രത്യേക സമയം വെച്ചിരിക്കണമെന്ന് പറയാം ഇവിടെ ഒരു സമയവും നിന്റെ ഓരോ ചുവടുവയ്പ്പും നിന്റെ ഓരോ പ്രാണൻ എടുക്കുന്നതും പ്രാണൻ പുറത്തേക്ക് നിന്റെ ജീവിതം മുഴുവൻ എനിക്ക് സമർപ്പിക്കുന്നതാക്കൂ ഞാനായിരിക്കട്ടെ നിന്റെ ജീവിതത്തിലെ കേന്ദ്രം നിന്റെ അഹങ്കാരം വെടിയു അർജുന ഇത്രയും ചെയ്യേണ്ടതുള്ളൂ പ്രത്യേകിച്ച് എന്താ പറയാ വിധികളൊന്നുമില്ല ഇത്ര സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് നോക്കൂ എവിടെയെന്ന് നിങ്ങൾക്ക് കാണില്ല എന്ത് ചെയ്യുന്നുവോ യോഷി യശ്നാസി യുഹോഷി യദാസി യപസ്യസി മതർപ്പണം കുരുഷ തുടർന്ന് ശുഭാശുഭഫലൈം മോക്ഷ്യസേ കർമ്മൈ സന്യാസയോഗയുക്താത്മാ വിമുക്ത മാം ഉപൈഷ്യസിം ഇപ്രകാരം എപ്രകാരം യോഷി യശ്നാസി എന്ന് തുടങ്ങുന്ന നമ്മൾ എഴുന്നേൽക്കുന്നതേ അങ്ങനെയാവട്ടെ എന്ന് പറയാം എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എപ്പോഴും ഈ ഒരു സ്മരണ ഉണ്ടായിരിക്കുക സ്മരണ എന്ന് പറഞ്ഞാൽ ആ ഒരു ബോധ ഒരു ബോധപൂർവം ഇത്രയേ ഉള്ളൂ സ്വാമി പറയുന്നം ഇത്ര ദിവസമായിട്ട് ആ സ്വാമിയുടെ ശൈലി നിങ്ങൾക്ക് പിടികിട്ടി എന്ന് വിചാരിക്കുന്നു അല്ലേ ബോധപൂർവമായിരിക്കട്ടെ എല്ലാ കർമ്മവും അത് തന്നെ സ്മരണ അതായത് നിങ്ങൾ എവിടെന്നെങ്കിലും വലിച്ചു കൊണ്ടുവരേണ്ട ഒരാളെ അവരൊക്കെ അവിടെ അവിടെ നിന്നോട്ടെ തിരുപ്പതി എന്നൊക്കെ വിളിച്ചു അല്ലെങ്കിൽ ഗുരുവായൂരിൽ നിന്ന് വിളിച്ചു വെളാങ്കണ്ണിന്ന് വിളിച്ചു അല്ലെങ്കിൽ എന്താ വളരെ ദൂരെ ഒക്കെ ഉണ്ട് ഓരോരുത്തരൊക്കെ നിലകൊള്ളുന്നുണ്ട് അവിടുന്ന് അവരെ ബുദ്ധിമുട്ട് എന്താ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട നമ്മുടെ ഉള്ളിലുണ്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ശുഭാശുഭഫലൈ ഇഷ്ടാനിഷ്ട ഫലങ്ങളായിട്ടുള്ള കർമ്മബന്ധനൈ കർമ്മങ്ങളെ കർമ്മങ്ങളാൽ ബന്ധിതമായിട്ടുള്ള അതായത് കർമ്മങ്ങളോട് കർമ്മഫലങ്ങളോട് നാം പ്രതികരിക്കുന്നു ഇഷ്ടം അനിഷ്ടം ഇത് ബന്ധനത്തിന് ഹേതുവാണ് അങ്ങനെ മോക്ഷ്യസേ അതിൽ നിന്ന് നീ വേർപ്പെട്ടവനായിത്തീരും ഇപ്രകാരം ചെയ്യുന്നുവെങ്കിൽ ഈ ശുഭ അശുഭ ചിന്തയിൽ നിന്നും അതുപോലെ കർമ്മബന്ധനങ്ങളിൽ നിന്നും നീ മോചിതനാകും സന്യാസയോഗ സന്യാസയോഗം സന്യാസയോഗം ഹേതുവായി യുക്തനായ നിയന്ത്രിതനായ ശ്രേഷ്ഠനായ സന്യാസത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അഞ്ചാം അധ്യായത്തിൽ വിമുക്ത മോചിതനായിട്ടുള്ള വിശേഷേണ മോചിതനായിട്ടുള്ള എന്നെ മാം എന്നെ ഉപൈഷ്യസി നീ പ്രാപിക്കും നീ ഞാനായി തീരും എന്ന് പറയാം അതാണ് ഭഗവാൻ ഇവിടെ നേരത്തെയും പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് നീ എന്നിൽ എന്നിൽ ഞാനായിരിക്കട്ടെ നിന്റെ ലക്ഷ്യം എന്ന് പറയാം അതുകൊണ്ട് നീ എന്ത് വേണം സദാ എന്നെ തന്നെ സ്മരിക്കും നമ്മളിപ്പോ സ്വാമി ഇത് ഞങ്ങൾ സ്മരിക്കണമൊക്കെ ഉണ്ട് എന്നാലും പിന്നെ എന്നാലും ഒന്നും വേണ്ട ഈ എന്നാലും കടന്നു വരുന്നത് ഈ പ്രശ്നം അല്ല എന്നാലും അല്ലെ എന്നാലും വേണ്ട എന്ന് പറ അല്ല സ്വാമി ആ അല്ല അല്ല ചിന്തിക്കരുത് അങ്ങനെ നമ്മൾ പല ന്യായീകരണം നടത്തും ന്യായീകരണങ്ങളൊന്നും കേൾക്കാൻ ഭഗവാന് താല്പര്യമില്ല പറയണം എന്താ പറയ എന്താ പറയണത് അമ്മ അമ്മയെ വിളിച്ചിട്ട് മകള് പറയ അമ്മേ നമ്മുടെ ജോലിക്കാരി ഉണ്ടല്ലോ ഭയങ്കര കള്ളിയു കളവ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ അയ്യോ പഠിച്ച കള് അതുകൊണ്ട് പുറത്താ പറഞ്ഞു വിടണം അമ്മ കൊണ്ടുപോയിക്കോളൂ എന്താ എന്തു എനിക്ക് എന്റെ ആ ഭാഗ് ടവലില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ടവല് അത് അവള് എടുത്തു എന്നിട്ട് പറയ ഞാനറിയില്ല എന്ന് ഏത് ടവല് അമ്മളെ പറയുന്നത് ഓ അമ്മയ്ക്ക് അമ്മയ്ക്ക് അറിയില്ലേ ആ വെള്ള ടവല് ഏത് വെള്ള നമ്മളും അച്ഛനും ഒക്കെ എന്നാ പോയില്ലേ അമ്മേ ആ ഹോട്ടലിൽ താമസിപ്പിച്ച താമസിച്ചപ്പ നമ്മൾ എടുത്തില്ലേ ഇങ്ങനെയുണ്ട് ശുഭാശുഭഫലൈഹി കർമ്മബന്ധനൈഹി മോക്ഷസേ ഇതിലൂടെയാണ് അപ്പൊ ഈ ശ്ലോകം വരുന്ന സമയത്ത് ഒന്ന് പിറകിലേക്ക് വന്നിട്ട് വീണ്ടും നോക്കുക എന്റെ പത്രവും പുഷ്പവും ഫലവും തോയവും ഞാൻ സമർപ്പിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയായിരിക്കണം ഇവിടെ വരുമ്പം വീണ്ടും നിങ്ങൾ കുഴപ്പത്തിൽ ചാട്ടും എന്താ കുഴപ്പത്തിൽ ഇതാ ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഏവം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട് വക്കീൽ ഇത് എഴുതുമ്പോ വയ്ക്കുക അതുപോലെ ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരമായാൽ എപ്രകാരം പത്രം പുഷ്പം ഫലം ത്വയം തുടങ്ങിയിട്ട് യത്തരോഷി യശ്നാസി യജുഹോഷി ദി യത് യപ്യസി കൗന്ദേയ എന്ന് മുതൽ അതിനെ ഉൾപ്പെടുത്തിയിട്ട് എന്താണ് ഇങ്ങനെ ചെയ്താൽ അതിനെയാണ് ഏവെന്ന് പറഞ്ഞത് ശുഭാശുഭഫലൈ കർമ്മബന്ധനൈഹി മോക്ഷ്യസേ നീ കർമ്മബന്ധനങ്ങളിൽ നിന്നും ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നുമൊക്കെയുള്ള അതാണ് ബന്ധനം അതിൽ നിന്ന് മോചിതനാകും പക്ഷേ ഈ പുഷ്പവും ഫലവും തോയവും പത്രവും കൊണ്ടുപോകുന്നത് ഫല സിദ്ധിക്കായിക്കൊണ്ടാണെങ്കിലോ ഇത് വിരുദ്ധാവുന്നില്ലേ ആലോചിച്ചു നോക്കൂ അതാണിതിന്റെ കുഴപ്പം അപ്പൊ ഞാൻ അമ്പലത്തിൽ ഒരു കൊല കതളിപ്പഴം വെച്ചത് എന്തിനാണ് ഞാൻ നേർന്നതാണ് മകന് അല്ല അല്ല മകനല്ല മകൾക്ക് ഒരു കുട്ടി ആൺകുട്ടിയാണെങ്കിൽ കതളിപ്പന പഴം വെക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് ആശുപത്രിയിൽ ഞാൻ നേർന്നതാണ് ഈ ആശുപത്രി വരാന്തെങ്കിലും ഇങ്ങനെ കാണാം ഈ അമ്മമാര് നേരുന്നത് വേറെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവരത് നേർച്ച അവര് പലരും പലയിടത്തേക്ക് നേരും അപ്പൊ അവിടെ എന്തുണ്ട് കർമ്മമുണ്ട് കർമ്മഫലമുണ്ട് കർമ്മഫല മോചനത്തിനായിട്ട് കർമ്മഫലം ഒരിക്കലും ബന്ധിപ്പിക്കാത്ത വിധത്തിലുള്ള സമർപ്പണം എന്ന് പറയുമ്പോ അതെന്താണ് ബാഹ്യമായ വസ്തുക്കളെ കൊണ്ടുപോയി എവിടെയെങ്കിലും സമർപ്പിക്കലാണോ അതോ അറിവിലാണോ സമർപ്പണം ഇന്നലെ നമ്മൾ മനസ്സിലാക്കി എന്താണ് വിജ്ഞാനമാണ് സമർപ്പണത്തിന്റെ ലക്ഷണം വിജ്ഞാനമാണ് എന്ന് പറയാം അറിവാണ് അപ്പൊ കർമ്മബന്ധനേ ഹി മോക്ഷ്യസേ നീ അതിൽ നിന്ന് വേർപെട്ടവനായി തീരും സന്യാസ അങ്ങനെ സന്യാസ യോഗയുക്താത്മാ സന്യാസ ഭാവത്തെ പുൽകിയ പ്രാപിച്ച ആ യോഗി ആ യോഗ ഭാവം കൈവന്ന മനസ്സോടുകൂടിയിട്ടുള്ള അവൻ വിമുക്ത മോചിതനായിട്ട് മാം ഉപേക്ഷ്യസി എന്നെ പ്രാപിക്കും എന്നെ പ്രാപിക്കാനുള്ള വിദ്യയാണത് എന്നിൽ നിന്ന് നേടാനുള്ള വിദ്യയല്ല എന്ന് പറയാം നീ ഈ ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് നീയും ഞാനും ഒന്നായി തീരും ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒൻപതാം അധ്യായം ഒരു കുറച്ച് വിഷയം പറഞ്ഞല്ലോ ഭഗവത്ഗീത എന്താ പറയുക ഒരു പടിപടി പടിപടിയായി കയറി വരുന്ന സമയത്ത് ഇതൊരേറ്റവും വലിയ പടിയാണ് യന്ത്രം കഴിഞ്ഞാല് കറങ്ങി ഏറ്റവും മൂളിലത്തില്ലേ അതാണോ ഒൻപത് പിന്നെ താഴേക്കാണോ അതുകൊണ്ട് അങ്ങേറ്റത്തെ ഈ അധ്യായത്തിൽ നോക്കാം സമൂഹം സർവഭൂഷ न न न अस्ज भक्तूद अहम ज्ञान സർവഭൂതേഷു എല്ലാറ്റിലും എന്തൊക്കെ ഭവിച്ചിട്ടുണ്ടോ അതാണ് ഭൂതം ഭൂസത്തായാം എന്തൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതിൽ എല്ലാം അഹം സമഹ ഞാൻ സമമാണ് ഞാൻ കൂടിയും കുറഞ്ഞൊന്നുമില്ല നിങ്ങൾക്ക് തോന്നും അത് അഹം സമഹ ഞാൻ സമത്തിലാണ് നിൽക്കുന്നത് തന്നെ മേ കേട്ടുകൊള്ളൂ ഭഗവാനാണ് ഈ പറയുന്നത് വേറെ ആരുമല്ല നിങ്ങൾക്ക് ഭഗവാന്റെ വചനം നേരിട്ട് വിശ്വാസമുണ്ടോ അതോ ഇനി വേറെ ആരെങ്കിലും പറയുന്നതിലാണോ ശ്രദ്ധ വേണ്ടത് ഇതിനായിരിക്കട്ടെ ശ്രദ്ധ എന്ന് പറയാ പറയണോ മേ എനിക്ക് ദേഷ്യ എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല എനിക്ക് ശത്രുക്കളേ ഇല്ല എന്നെ എന്താ പറയുക കീർത്തിക്കുന്നവരോട് എനിക്ക് പ്രിയമോ എന്നെ പരിഹസിക്കുന്നവരോട് ഞാൻ ആർക്കും ഒരു ഫലവും കൊടുക്കില്ല അതുകൊണ്ട് ഈശ്വരൻ ഇതിന് ഫലം തരട്ടെ നിനക്ക് ഈശ്വരൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും കുട്ടികളോട് പറയുന്നുണ്ടല്ലോ അതൊന്നും ഒരിക്കലും പാടില്ലാത്തതാ അതുകൊണ്ട് എനിക്ക് ഒരാളോടും ഒരു ശത്രുതയും ഇല്ല മേ കേട്ടുകൊള്ളൂ ഭഗവാനാണ് ഈ പറയുന്നത് വേറെ നിങ്ങൾക്ക് ഭഗവാന്റെ വചനം നേരിട്ട് വിശ്വാസമുണ്ടോ അതോ ഇനി വേറെ പറയുന്നതിലാണോ ശ്രദ്ധ വേണ്ടത് ഇതിനായിരിക്കട്ടെ ശ്രദ്ധ എന്ന് പറയാം പറയണോ മേ എനിക്ക് ദേഷ്യ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 അത് തന്നെ അതുപോലെ തന്നെ പ്രിയഹാ ചെന്ന അസ്ഥി എനിക്ക് ഒരു മിത്രവും ഇല്ല എനിക്ക് വളരെ പ്രിയപ്പെട്ടവർ എന്ന് പറയുന്ന കുറച്ച് ദിവസവും അമ്പലത്തിൽ വരുന്നവര് സത്സംഗം കേൾക്കുന്നവര് അവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാ ഇല്ല എനിക്കങ്ങനെ ഇല്ല എനിക്ക് കുറച്ച് പ്രിയപ്പെട്ടവരും കുറച്ച് ശത്രുക്കളുമായിട്ട് എനിക്കങ്ങനെ ആരുമില്ല ഈതു ആരൊക്കെയാണോ മാം ഭക്തിയ എന്നെ ഭക്തിയ ശ്രദ്ധയോടുകൂടിയിട്ട് ഭജന്തി ഭജിക്കുന്നത് ഭജ സേവായാം സേവിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാനെ അറിയുന്നത് മനസ്സിലാക്കുന്നത് ഈ ലോകത്തെ ജീവിക്കുന്നത് തേ അവർ മൈ അതി എന്നിലും അപ്പൊ ശ്രദ്ധയുള്ളവർ എന്നിലും അഹം ഞാൻ തേഷു അവരിലും ഇരിക്കണം ഇതൊരു വല്ലാത്തൊരു പ്രയോഗമാണ് ഈ ഭഗവാൻ ആരോടും പ്രിയവും ഇല്ല ഭഗവാൻ ആരോടും വിദ്വേഷവും ഇല്ല പക്ഷേ ഭഗവാൻ ഇരിക്കുന്നു എവിടെ ഇരിക്കുന്നു ശ്രദ്ധ ഉള്ളവരിൽ ഭഗവാൻ ഇരിക്കുന്നു അതാണ് രാമേഷ്ണദേവൻ പറയുന്നത് എന്താ പറയണത് എല്ലാവരിലും ഈശ്വരനുണ്ട് പക്ഷേ എല്ലാവരും ഈശ്വരനിലില്ല ആരിൽ ആരിൽ ഈശ്വരൻ ശ്രദ്ധ ഉള്ളവരിലുണ്ട് ദുഃഖത്തിന് കാരണം രാമേഷ്ണദേവൻ പറയുന്നത് അതാണ് ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നു അതുകൊണ്ട് ഒരാളോടും വേണ്ട നമ്മളിപ്പോ പറയുമോ ഈ അമ്മയം എന്ന് ഇതായി കഴിഞ്ഞ സ്വസ്ഥ സൗകര്യം കിട്ടുമായിരുന്നു അങ്ങനെ ഇല്ല സ്വസ്ഥത അപ്പൊ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഈ ചില തമാശകളൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമാണ് ഈ അടുത്തൊരു തമാശ വായിച്ചു അത് പറയാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലൊരു മുൻകൂർ ജാമ്യം എടുക്കാം സ്വാമി ആദ്യം എന്താണ് എന്നാണെങ്കിൽ ഇപ്പൊരു ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ആ ദാമ്പത്യം ഒരു വൃക്ഷം വളരുന്നത് പോലെയാണ് ആ വൃക്ഷം ചെറിയ തൈ അതിൽ നമ്മൾ തൈ അതങ്ങനെ അതിൽ വിത്ത് കുഴിച്ചിട്ടു അപ്പൊ ആ വിത്തിൽ എന്ത് ആ വിത്ത് കുഴിച്ചിടുന്ന സമയത്ത് തന്നെ വെറുതെ കുഴിച്ചിട്ടാ പോരാ ഒന്ന് മണ്ണൊക്കെ നന്നായി ഇളക്കിയിട്ട് വേണം അത് കുഴിച്ചിടാൻ എന്നിട്ട് വിത്ത് കുഴിച്ചിട്ടിട്ടിങ്ങനെ അടിച്ചടിച്ച് അമർത്തി വയ്ക്കാൻ പാടില്ല അതിന് അതിന് പൊട്ടി മുളയ്ക്കാനുള്ളൊരു സാവ ഒരു സൗകര്യം വേണം പിന്നെ അതിന് വെള്ളമൊക്കെ ഒഴിക്കണം വെള്ളമൊഴിച്ച് വിത്ത് വന്നു കഴി അത് മുളയിട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റും എന്തെങ്കിലുമൊക്കെ വയ്ക്കണം അങ്ങനെ അതിനെ സംരക്ഷിക്കണം ശരിക്കി പറഞ്ഞാൽ ദാമ്പത്യത്തിനും ഈ ഒരു ശ്രദ്ധ അങ്ങേയറ്റം വേണമെന്നാണ് ദിവസവും എന്താ പറയുക അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് കള കയറി അല്ലെങ്കിൽ ചിലത് കണ്ടിട്ടുണ്ടോ മൊരടിച്ച് ചിലതൊക്കെ അങ്ങനെ മുരടിച്ച് നിൽക്കും വളരില്ല അല്ലെങ്കിൽ മറ്റുള്ളത് വന്നൊക്കെ കയറി കെട്ടുകണഞ്ഞ് അതിന് വളരാൻ പറ്റാതെ അപ്പം ചില പലരും പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധ വേണമെന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇത്തിക്കണ്ണി കയറിയാൽ അല്ലെങ്കിൽ അതിൻ്റെ കൊമ്പുകൾ വേറൊരു വഴിയിലായാലും ഇങ്ങനെ പലതും സംഭവിക്കാൻ ഇടയുണ്ട് എന്നൊക്കെ പറയുന്നു ി കഥ പറയട്ടെ ഒരാള് അങ്ങനെ പോകുന്ന സമയത്ത് കുറെ പേരിങ്ങനെ ഒരു ദുഃഖാചരണം പോലെ തോന്നുന്നു പക്ഷെ ആളുകളുടെ മുഖത്ത് അങ്ങനെയുള്ള ഒരു ദുഃഖവും ഇല്ല എന്തോ ഒരു കുഴപ്പം കുറച്ച് ആളുകൾ വരിവരിയായിട്ട് പോന്നു മുൻപില് രണ്ട് ശവപ്പെട്ടിയുണ്ട് അതിൻ്റെ തൊട്ടു പിറകിലായിട്ടൊരു കാറും ഒരു കാറും ഉണ്ട് പോകുന്നുണ്ട് അപ്പോൾ കാറിൻ്റെ എന്തോ ടയറ് പഞ്ചറായിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ള ഒരു പ്രതിസന്ധിയിലാണ് ആ കാർ അവിടെ നിൽക്കുന്നത് അപ്പോഴാണ് വേറെ ഒരാൾ വാഹനം ഓടിച്ച് പോകുമ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹം അവിടെ നിർത്തിയിട്ട് എന്താണ് ഈ കാഴ്ച എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഈ കാറിൻ്റെ അടുത്തേക്ക് പോകുന്നു പഞ്ചറായിട്ടുള്ള കാറിൻ്റെ അടുത്തേക്ക് അപ്പൊ കാറിനകത്തൊരാളുണ്ട് അതിനകത്തെ ഒരു നായയെ നായ പിറകിൽ അതിനെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പം ഈ ആള് കാറിനകത്തിരിക്കുന്ന ആളോട് ചോദിച്ചു എന്താണത് എന്താ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ എന്താ ഇവിടെ ആ ഒരു ഈ രണ്ട് ഈ പെട്ടി കാണുന്നുവല്ലോ അതെന്താണെന്ന് ചോദിച്ചു അപ്പൊ അതെൻ്റെ ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞു അപ്പൊ മറ്റേ പെട്ടിയിലോ ഒരു പെട്ടിയിലോ ഭാര്യ മരിച്ചു ശരി മറ്റേ പെട്ടിയിൽ മറ്റേ പെട്ടിയിൽ ഭാര്യയുടെ അമ്മയും മരിച്ചു ഈ ഒക്ത എങ്ങനെ പറ്റി അത് ഈ നായ കടിച്ചു കൊന്നതാണെന്ന് ആഹാ അപ്പൊ അദ്ദേഹം ചോദിച്ചു ഈ ആൾ ചോദിച്ചു ഈ നായ എനിക്ക് തരുമെന്ന് അപ്പൊ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ക്യൂവിലാണെന്ന് ഈ നിൽക്കുന്ന എത്ര ആൾക്കാർ നായ്ക്ക് വേണ്ടി നിൽക്കാണ് സ്വാമി മുൻകൂറെടുത്തത് നിങ്ങൾ ക്യൂവിലാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു നായെ കിട്ടിയാൽ നമുക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ഒരു തോന്നലില്ല ഇതൊന്നൊരു പ്രശ്നത്തിന് ഒരിക്കലും എന്താ ഇവരാണ് എൻ്റെ ശാന്തിക്ക് തടസ്സം നിൽക്കുന്നത് എന്ന് പറഞ്ഞാലൊക്കെ അതിനെയാണ് നമ്മുടെ ഭാഷയിൽ ആചാര്യന്മാർ എസ് കെ പി സം എന്ന് പറയുന്നത് ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ഇതാ അല്ലാതെ വീട് വിട്ടിറങ്ങി ആശ്രമത്തിൽ പോകുന്നതല്ലേ ഒളിച്ചോട്ടം ഇതാണ് ഒളിച്ചോട്ടം സോ ഉത്തരവാദിത്വങ്ങളെ അല്ലെങ്കിൽ കിട്ടിയ സാഹചര്യങ്ങളെ നന്നായി വിലയിരുത്താനോ അതിലെ അതിനെ അതിജീവിക്കാനും പോകുന്ന കരുത്ത് നമുക്കില്ല എങ്കിൽ നമ്മൾ ഈ ജീവിതത്തെ വെറുതെ കളയുന്നു വെറുതെ കുറ്റം പറയണം ഞാൻ ഈ വീട്ടിൽ വന്നതാണ് അതാണ് ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ശത്രുക്കളൊന്നുമില്ല ഭഗവാൻ പറയണം എനിക്ക് ശത്രുക്കളുമില്ല എനിക്ക് മിത്രങ്ങളുമില്ല ആരാണോ എന്നെ ശ്രദ്ധയോടുകൂടി വളരെ പ്രധാനം ശ്രദ്ധയുള്ളവരിൽ ഞാനുണ്ട് അല്ല ഒരുവൻ്റെ ശ്രദ്ധ വേറൊരു വഴിക്കാണ് പോകുന്നതെങ്കിലോ അവൻ പെട്ടെന്ന് ഈ റോമൻ പുരാണത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് ഈ അത്ലാന്റ എന്ന് പറഞ്ഞിട്ട് അവലൊരു കഥാപാത്രമുണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ടാവാൻ ചിലപ്പം കേട്ടവരുണ്ടാവും അത്ലാന്റ ഓട്ടക്കാരിയാണ് വളരെ വേഗത്തിലാണ് അവൾ ഓടുക അവളെ ഓട്ടം കവച്ചുവെക്കാൻ അവൾ അതായത് നമ്മുടെ ഉഷച്ചേച്ചിയൊന്നും ഒന്നുമല്ല എന്ന് പറയുക അവരുടെ മുൻപിൽ ഓട്ടത്തിൽ അവരതീവ മുൻപിലാണ് അപ്പൊ ഇവരെ കല്യാണം കഴിക്കണമെന്ന് പലർക്കും ആഗ്രഹം അപ്പൊ അവർ പറഞ്ഞു എന്നെ ഓട്ടത്തിൽ തോൽപ്പിക്കുന്നവർക്ക് എന്നെ വിവാഹം കഴിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ പലരും ശ്രമം നടത്തി എല്ലാവരും പരാജയപ്പെട്ടു അങ്ങനെ ഇരിക്കെ ഒരാൾ അവരുടെ ആ എന്താ പറയുക ഈ പുരാണത്തിൽ റോമൻ പുരാണത്തിലെ ഇന്ദ്രന് സമനായിട്ടുള്ളവനാണ് ജുപ്പീറ്റർ അപ്പൊ ജുപ്പീറ്റർ എടുത്ത് ചെന്നിട്ട് പ്രാർത്ഥിച്ചു വരം മേടിക്കാൻ ചെന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് അത്ലാന്റിയയെ ജയിക്കണം അതിന് അത്ലാന്റിയേക്കാൾ വേഗത്തിലുള്ള ഓട്ടക്കാരനാവണം ഞാൻ എന്നിട്ട് അവളെ കീഴടക്കണം എന്ന് പറയാം അപ്പൊ ജുബീറ്റർ പറഞ്ഞു ഒരിക്കലും സാധ്യമല്ല അവളുടെ കഴിവിനെ തളർത്താൻ എനിക്ക് പറ്റില്ല പിന്നെ അവളേക്കാൾ തന്നെ ഒരു ഓട്ടക്കാരനാക്കാൻ സാധിക്കുമെന്ന് വെച്ചാൽ അതും എനിക്ക് സാധിക്കില്ല പക്ഷേ എനിക്ക് വേറൊന്ന് സാധിക്കും ഞാൻ നിനക്ക് കുറേ സ്വർണ്ണ തരാം കുറേ സ്വർണ്ണനാണയങ്ങൾ തരാം നീയും അവൾ ഓടുക ഓടുന്ന സമയത്ത് നീ ഓരോന്ന് താഴെട്ടാൽ മതി എന്നിട്ട് അതെനിക്ക് സാധിക്കുന്നു എന്നാ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടാൻ തുടങ്ങി നയാൾ ഓരോന്ന് ഇടാൻ തുടങ്ങി അറ്റ്ലാൻ്റെ ഓരോന്ന് പെറുക്കാൻ തുടങ്ങി പിന്നെ അറിയാലോ അതെ രണ്ടും ചെയ്യും എന്ന് പറയാം നമ്മൾ ഓടുന്ന സമയത്ത് നമ്മൾ എന്താണ് പെറുക്കിയെടുക്കുന്നത് പെറുക്കിയെടുക്കാൻ നിന്നാ കഴിഞ്ഞു കഥ അതുകൊണ്ട് മുഴുവൻ പറയുന്നു എനിക്ക് കൂട്ടുകാരും ഇല്ല എനിക്ക് എന്താ പറയാ ശത്രുക്കളും ഇല്ല നിങ്ങൾ എന്തിനാണ് ശ്രദ്ധ വെച്ചിരിക്കുന്നത് തൊട്ട് തൊട്ട് തൊട്ടുകളിലാണെങ്കിലും നിങ്ങൾ ആ തൊട്ട് പെറുക്കിക്കൊണ്ടിരിക്കും എന്റെ അടുത്തേക്ക് എത്തില്ല എന്ന് പറയാം അതുകൊണ്ട് ആരാണ് എന്നിലുള്ളത് ഭക്തി ഭജതി ആരാണോ ഭക്തിയോടുകൂടി ഭജന്തി ഭജന്തി ബഹുവജനം ഏ ആരൊക്കെയാണ് ഏതായത് ഭക്തന്മാരാണ് തേ മൈ അഭി അഹം തേശു यावरूम वलिए कूट इन ए सौहृद अभी चे सुराचार भजते साधुरव सम्य सम्यवि अभी चे सुराचार ഭജനഭാക് സാധു എന്ന സമന്തവ്യത സമ്യക് വ്യവസിത ഹി സഹ സുദുരാചാര അപ്പി ദുർനടപ്പിന്റെ മൂർത്തി സുദുരാചാരു പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റോ അതിലൊക്കെ ഡോക്ടറേറ്റ് എടുത്തവൻ അവൻ പോലും ഒരിക്കൽ അനന്യഭാക് ഒരിക്കൽ തിരിഞ്ഞാൽ ഒരിക്കൽ ശ്രദ്ധ വെച്ചാൽ മറ്റ് ചിന്തകൾ കൂടാതെ എന്നിലേക്ക് അവൻ തിരിഞ്ഞാൽ മാം ഭജതേച്ചേ അവൻ ഭജിക്കുന്നു എങ്കിൽ സഹ സാധുഹു ഏവ അതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ കാതലായിട്ടുള്ള വശം എന്ന് പറയാം അവൻ എന്താണ് സാധുവാണ് അവൻ ശ്രേഷ്ഠനാണ് യോഗ്യനാണ് അതുകൊണ്ട് ഒരുവൻ ആജീവനാന്തം കൊള്ളരുതാത്തവനായിട്ട് കഴിയുന്നില്ല എന്ന് ഒരു വേള അവൻ തിരിഞ്ഞാൽ അവന ഇത് ആ രണ്ടു കൈയും കൂട്ടി ഭഗവത്ഗീത സ്വീകരിക്കണം അപ്പൊ ചിലപ്പോ നമുക്ക് തോന്നുന്നു ഈ യജ്ഞശാലയിൽ തന്നെ ചിലരെ കാണുമ്പോ ഇനിയിപ്പോ ഇവരാണ് ഇത് കേട്ടിട്ട് നന്നാവാൻ പോകുന്നത് ഇവരൊന്നും ഗുണം പിടിക്കില്ല അങ്ങനെ വല്ല ചിന്തയും നിങ്ങൾക്കുണ്ടെങ്കിൽ മാറ്റിക്കോളൂ കൊടും പാതി പാപികളിൽ ആണെങ്കിൽ പോലും ഒരിക്കൽ അവൻ എന്നിലേക്ക് തിരിഞ്ഞാൽ സഹ സാധു ഏവ എന്നാണ് ഭഗവാൻ പറയുന്നത് അവൻ സാധുവാണ് അവൻ ശ്രേഷ്ഠനായി കരുതണം മന്ദവ്യഹ മന്ദവ്യഹ എന്ന് പറഞ്ഞാൽ അവനെ വിചാരിച്ചു അങ്ങനെ കരുതേണം എന്തുകൊണ്ടെന്ന എന്നാല് ഹി എന്തെന്നാല് സഹ അവൻ സമ്യക് വ്യവസിത അവൻ മനസ്സ് ഉറപ്പുവന്നവനാ അവൻ അവന് മനസ്സിലായി കാര്യമെന്ത് ഇതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുക ഇതാണ് നമ്മുടെ സംസ്കാരം നിങ്ങൾ നമ്മുടെ ഭാരത സംസ്കാരം ഏതൊക്കെ ചരിത്രമാണ് നമ്മൾ പഠിച്ചത് എന്ന് സ്വാമിക്ക് അറിയില്ല എന്നാലും ഭാരതത്തിന് കുറെ ചരിത്രമുണ്ട് ഇത്രയും വിസ്തൃതമാർന്ന ഭൂമി ഈ അടുത്ത് റിപ്പബ്ലിക് ദിന ദിനം അനുസ്മരിക്കുന്ന കൂട്ടത്തിൽ മലയാളത്തിൻ്റെ മലയാളത്തിലെ പ്രശസ്തനായ പ്രിയങ്കരനായ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കവി ഒ എൻ വി കുറുപ്പ് സാറ് അപ്പൊ അദ്ദേഹം ഒരു കാര്യം ഒരു ചാനൽ ചാനലുമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഏത് എപ്പോഴാണെന്ന് അറിയില്ല അദ്ദേഹം യൂറോപ്പ് സഞ്ചരിച്ച യൂറോപ്പിൽ സഞ്ചരിക്കുന്ന സമയത്ത് ട്രെയിനിലും അദ്ദേഹം ഇന്ത്യക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് ഒരു യൂറോപ്യനാണെന്നാണ് തോന്നുന്നത് സ്വാമി കേട്ടത് ശരിയാണെങ്കിൽ എന്തായാലും വേറൊരു രാജ്യക്കാരൻ അദ്ദേഹത്തിനോട് ഇന്ത്യക്കാരൻ എന്നതിൽ വലിയ എന്താ പറയുക സന്തോഷവും അങ്ങേയറ്റം അദ്ദേഹത്തിലെ ഒരു താല്പര്യവും ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു ഇദ്ദേഹം ചോദിച്ചു കവി ചോദിച്ചു നമ്മുടെ ഒൻ വി ചോദിച്ചു എന്താ നിങ്ങൾക്ക് ഇന്ത്യയോട് ഇത്ര താല്പര്യം അദ്ദേഹം പറഞ്ഞു സൂര്യന് കീഴെ മറ്റൊരു ലോകത്തെയും മറ്റൊരു രാജ്യത്തെയും ആക്രമിക്കാത്ത രാജ്യം എന്ന ഒരു മഹത്തരമായ എന്താ അതിൻ്റെ ഉടമകളാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ സ്നേഹിക്കുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തതാണ് ഏത് ഇവിടെ നോക്കൂ ലോകത്തിൻ്റെ ജനസംഖ്യയിൽ ചൈന കഴിഞ്ഞാൽ നമ്മളാണല്ലോ ഇങ്ങനെയുള്ള അതിവിസ്തൃതമാർന്ന ഈ ഭൂമണ്ഡലത്തെ എത്ര പേര് എത്ര സമയം ആക്രമിച്ചു ഏതൊക്കെ വിധത്തിൽ എന്തുകൊണ്ട് നാം തിരിച്ചടിച്ചില്ല ശരീരബലമല്ല ഒരുവന്റെ ബലം എന്ന് പറയും ഇത് പണ്ടേ അറിയാമായി ഭാരതം എണ്ണിയത് ഭാരതത്തിന് ഭാരതം ഏതൊരു നാമത്തെക്കുറിച്ച് ഓരോ ഭാരതീയനും ഏതൊരു നാമം അവന്റെ മനസ്സിൽ വരുന്ന സമയത്ത് അവന് അവൻ്റെ പൂർവികനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവന് വലിയ അഭിമാനം തോന്നും നമ്മുടെ പൂർവികനിൽ അഭിമാനം തോന്നുന്ന ശബ്ദങ്ങൾ അലക്സാണ്ടറിനെ പോലെയോ അല്ലെങ്കിൽ ഹിറ്റ്ലറെ പോലെയോ മുസോളനിയെ പോലെയുള്ളവരോ അല്ല എന്ന് പറയാം നമ്മുടെ വ്യാസ കാളിദാസ വാണ മഹാപ്രതിഭകളുണ്ടല്ലോ എത്രയോ ഋഷീശ്വരന്മാർ ത്യാഗത്തിൻ്റെ മൂർത്തികൾ അതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുക നിങ്ങൾ അത്ഭുതപ്പെട്ടു നമ്മുടെ ഈ എന്താ പറയുക ഈ ഇത്രയും വലിയ ഒരു ജനതയെ ഇങ്ങനെ പല വിധത്തിൽ ആക്രമിച്ചിട്ട് തിരിച്ചാക്രമിക്കാത്ത ഒരു സംഗതി ആലോചിക്കുമെന്ന് നമുക്ക് അത്ഭുതം തോന്നും എന്താ അത് നമുക്ക് ശേഷിയില്ല അല്ല പക്ഷെ ഈ ഒരു കൾച്ചർ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് പറയാം അതുകൊണ്ട് ആക്രമിക്കപ്പെട്ടവരല്ല വലിയവരായിട്ടുള്ളത് പലപ്പോഴും ഇവിടെയുള്ള ഇപ്പൊ ചരിത്രം പഠിക്കുമ്പോ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ചരിത്രം ഈ ചരിത്രം എഴുതിയവരും മറ്റു പലരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ചതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് സ്വാമി ചിലതൊക്കെ പറയുമ്പോൾ കുറച്ച് അധികം ഇപ്പോ അതുകൊണ്ട് അധികം പറയുന്നില്ല നമ്മുടെ ചരിത്രം എഴുതിയ കുറച്ച് ആളുകളുണ്ട് കാരണം ഈ ചരിത്രം എഴുതിയിട്ട് അവർക്ക് നേരെ പോകേണ്ടത് ബ്രിട്ടനിലേക്കും അവിടേക്കും ഇവിടേക്കോ ഒക്കെയാണ് അപ്പൊ അവിടെ ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവാതിരിക്കുന്ന എഴുതി വെച്ചതേ ഇതിനപ്പുറത്ത് നമുക്കൊരു ചരിത്രമുണ്ട് ഭാരതത്തിന് ഈ ചരിത്രം എഴുതുന്ന ചരിത്രകാരൻ ജനിക്കുന്നതിന് മുമ്പുള്ള ചരിത്രം അതിനാണ് സ്വാമിജി പറയാം ഹിസ് സ്റ്റോറി അദ്ദേഹത്തിന്റെ ഒരു കഥയുണ്ട് എന്ന് പറയാം ഹിസ്റ്ററി നമുക്കില്ലാത്തതാണ് ഹിസ് സ്റ്റോറിയാണുള്ളത് അതെന്താണ് അത് ഇതാണെന്ന് പറയാം അപ്പം മഹിമ ആക്രമിച്ച ആക്രമിച്ചവർക്കുള്ളതല്ല ഇനിയോ ഇവിടെ നിലനിന്ന പൂർവികന്മാര് നമ്മുടെ ഉള്ളില് കടത്തി വിട്ടിട്ടുണ്ട് ത്യാഗം എന്നത് എന്താണ് അഹിംസ എന്നത് എന്താണ് എന്നതൊക്കെ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് എന്താ പറയുക ഇതൊക്കെ നമ്മുടെ പൂർവികന്മാർ നമ്മുടെ പൂർവികന്മാർക്ക് അവകാശപ്പെട്ടതാണ് നമ്മുടെ മുതുകുത്തശ്ശന്മാർക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാണ് ഇത് പറയുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഭാരതത്തിന്റെ ഒരു ചെറിയൊരു ഉദാഹരണ സ്വാമി നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കാം നിങ്ങൾക്ക് ലോകത്തിനെവിടെയും കാണിക്കാൻ പറ്റില്ല ശങ്കരാചാര്യസ്വാമികൾ ദിഗ്വിജയം നടത്തുന്ന കാലം മണ്ഡനമിശ്രൻ എന്ന് അതി ഗംഭീരനായ മഹാജ്ഞാനിയുണ്ടെന്നും ഈ ജ്ഞാനിയെ ഒന്ന് ഈ ജ്ഞാനിയുമായിട്ട് ഒരു സംവാദം വേണമെന്ന് ശങ്കരാചാര്യർ ആഗ്രഹിക്കുന്നു അങ്ങനെ ശങ്കരാചാര്യർ പോകുന്നു മണ്ഡരമിശ്രന് പത്ത് അറുപത് വയസ്സൊക്കെ കഴിയും ശങ്കരാചാര്യത്തെ സംബന്ധിച്ചൊരു ഇരുപത്തെട്ട് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഇരുപത്തെട്ട് മുപ്പത് അയാൾ എഴുപതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആളാ മണ്ഡലമിശ്രൻ വഴി ചോദിച്ചു പോകുമ്പോ ഒരു സ്ഥലത്ത് ശങ്കരാചാര്യ സിനിമയിലെ നന്നായി കാണിക്കുന്നുണ്ട് സ്ഥലത്ത് കിണറ്റിൽ വെള്ളം കയറുന്ന കുറെ സ്ത്രീകളോട് ശങ്കരാചാര്യ ചോദിക്കും മണ്ഡരമിശ്വരന്റെ വീടേതാണെന്ന് അപ്പൊ അവര് പറയും കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാല് പൂന്തോട്ടത്തിൽ തത്തകൾ ഉപനിഷത്ത് മന്ത്രങ്ങൾ ചൊല്ലുന്നത് കേൾക്കാം അത് കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളൂ അതാണ് മണ്ഡരമിശ്രന്റെ വീട് അതായത് ഉപനിഷത് അല്ല തത്തകൾ ഉപനിഷത്ത് മന്ത്രങ്ങൾ ചൊല്ലുന്ന വിധത്തിൽ തത്തകളെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു ആളാണ് അപ്പൊ എങ്ങനെ ഇരിക്കും ആള് അങ്ങനെയുള്ള ഇടത്തേക്കാണ് ശങ്കരാചാര്യർ കടന്നു ശങ്കരാചാര്യ ആ എന്താ ജീവിയായ ഒരു സംവിധാനം ചെയ്തിട്ടുള്ള ആ സിനിമ വളരെ ഗംഭീരമാണ് തന്നെ ആ സംവാദത്തിലേക്ക് വരുന്ന ആളെ പാതപൂജ ചെയ്ത് നമസ് എന്താ പറയാ ഇരുത്തിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിന് വന്നതാണെന്ന് പറഞ്ഞപ്പം ഏതായാലും ഭക്ഷണം കഴിക്കൂ എന്നിട്ടാവാം എന്ന് പറയാം ഭക്ഷണമൊക്കെ കൊടുത്ത് എന്താ വിരിക്കാനും കിടക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശരി നമുക്ക് നാളെ സംസാരിക്കാം പിറ്റേ ദിവസം ഇദ്ദേഹം ആഗ്രഹം പറയുന്നു അപ്പം ശരി ശങ്കരാചാര്യർക്കിതാണ് അദ്ദേഹത്തിൻ്റെ എന്താ അദ്ദേഹത്തിന് ഒരു കാര്യമേ ഉള്ളൂ പറയാൻ അന്ന് എൻ്റെ എൻ്റെ മതത്തിൽ അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വിജയിച്ചാൽ എൻ്റെ ശിഷ്യനാകണം അതങ്ങ് മാത്രമല്ല അങ്ങയുടെ കൂടെ അതല്ല ഞാൻ പരാജയപ്പെടുന്നുവെങ്കിൽ ഞാൻ അങ്ങയുടെ ശിഷ്യൻ അങ്ങനെയാണ് അദ്ദേഹം ദിഗ്വിജയം ചെയ്തുകൊണ്ടിരുന്നത് ആചാര്യസ്വാമികൾ ായാലും മണ്ഡലമിശ്രൻ സമ്മതിച്ചു അപ്പൊ മണ്ഡലമിശ്രൻ ചോദിച്ചു ശരി അങ്ങയ്ക്കൊരു വിധികർ ഏതിനെ വിധി കൽപ്പിക്കാൻ ഒരു വിധികർത്താവിന് തെരഞ്ഞെടുക്കാമെന്ന് പറയാം ആ സമയത്ത് ശങ്കരാചാര്യർ പറയുന്നത് എന്താണെന്നറിയോ അങ്ങയുടെ ഭാര്യ തന്നെയാകട്ടെ വിധികർത്താവ് മണ്ഡരമിശ്രന്റെ ഭാര്യ ഭാമതി നിങ്ങൾ ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു രണ്ടു പേര് തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുമ്പോ അതിലെ ഒരാളുടെ ഭാര്യയെ വിധികർത്താവായിട്ട് വെക്കുന്ന ഇന്ന് നമ്മുടെ കോടതിയിൽ പോലും അതായത് ഈ കോടതിയിൽ പോലും ജഡ്ജായിട്ടും വക്കീലായിട്ടും അച്ഛനും മകനും ഇരുന്നു കഴിഞ്ഞാൽ അത് നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് സ്വാമിക്ക് അറിയില്ല ഒരു ബാങ്കിൽ പോലും ഭാര്യയും ഭർത്താവും ഒരേ ബ്രാഞ്ചിൽ ഇരിക്കാൻ പറ്റില്ല എന്നാണ് ഇന്നത്തെ നിയമം നിങ്ങൾ ആലോചി ആലോചിച്ചു നോക്കണം ഭാരതത്തിന്റെ മഹത്വം അതായത് ഭർത്താവ് വാദത്തിൽ പരാജയപ്പെടുപ്പെട്ടു എന്ന് പറയേണ്ടുന്നവൾ അല്ലെങ്കിൽ ജയിച്ചു എന്ന് പറയേണ്ടുന്നവൾ വിധികർത്താവായി ഭാര്യയെ നിർദ്ദേശിക്കുന്ന സമയത്ത് ഭാമതി ചോദിക്കുന്നുണ്ട് ഭാമതി അല്ല ഭാരതി ഭാരതി ചോദിക്കണു അമ്മ ചോദിക്കണം അതെങ്ങനെ ശരിയാവും ശരിയാവൂ എന്ന് ചോദിച്ചു അപ്പൊ ആചാര്യസ്വാമികൾ പറഞ്ഞു അമ്മയെക്കുറിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട് എന്ന് പറയാം അമ്മയ്ക്കതിന് അമ്മയ്ക്കതിന് സാധിക്കും എന്ന് പറയാം അങ്ങനെയാണ് ആറുമാസം നീണ്ടു നിൽക്കുന്ന വാദം നടക്കുന്നതും അവസാനം മണ്ഡലമേശ്വരൻ പരാജയപ്പെടുന്നതും പരാജയപ്പെട്ട സമയത്ത് ശങ്കരാചാര്യരോട് പറയുന്നു അങ്ങ് പകുതിയെ ജയിച്ചിട്ടുള്ളൂ ഞാൻ പകുതിയാണ് എന്ന് പറയാം അതുകൊണ്ട് എന്റെ സംശയങ്ങളെ ദൂരീകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ കാമശാസ്ത്രത്തിലെ പ്രശ്നങ്ങളെ ആചാര്യസ്വാമികളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതും ആചാര്യസ്വാമികൾക്ക് സമയം അനുവദിക്കുന്നതും ലോകത്തിൽ എവിടെയും കാണില്ല നിങ്ങൾ അത് ഈ ശരീരബലമല്ല ഭാരതത്തിന്റെ ബലം എന്ന് സമയം അനുവദിച്ചു കൊടുക്കുന്നു കാണോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുവെങ്കിൽ കൊണ്ടുവരുമോ സ്വാമിയുടെ അടുത്ത് സ്വാമിക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് അത്യുദാത്തമായ ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളും അതിനുവേണ്ടി കാത്തിരിപ്പും നമ്മുടെ സംസ്കാരം ഇതാണ് നമ്മുടെ സംസ്കാരം ഏത് ദുരാചാരനാവട്ടെ അവൻ വന്നു എങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും എന്തൊക്കെ ദുരുദ്ദേശത്തോടുകൂടി വന്നവരെയും നമ്മൾ സ്വീകരിച്ചത് അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞു അത് നമ്മുടെ സംസ്കാരം പക്ഷെ പലരും പറയേണ്ട നമ്മൾ വിഡ്ഢികളാണ് ഒരിക്കലുമല്ല വിഡ്ഡികൾ അവരാണ് അവരാണ് വിഡ്ഡികളാവുന്നത് ഒരുവൻ മറ്റൊരുവനെ ചളിവാരി എറിയാൻ ശ്രമിക്കുന്ന സമയത്ത് ആദ്യം ചളിയിൽ അകപ്പെടുന്നത് ആരാണ് വാരുന്നവനാണെന്ന് പറയാം സ്വയം വിട്ടികളാക്കപ്പെടുന്നത് ഇത് നമ്മുടെ സംസ്കാരമാണ് എന്ന് ഓർക്കുക ഇതില് നമ്മൾ മൃഗപ്പിടിക്കുക എന്ന് പറയാം തുടർന്നു ക്ഷിപ്രംഭവതി ധർമാത്മാശ്വശാന്തിജാനീ നമേ ഭക്ത പ്രണശ്യതി ക്ഷിപ്രംഭവതി ധർമാത്മാ ശശ്വത് ശാന്തി നികച്ചതി ഹേ കൗന്ദ്രജാനീഹി നമേ ഭക്ത പ്രണശ്യതി ഹോ എന്താ ഭഗവാൻ അർജുനോട് പറയുന്ന എന്ത് ഗംഭീരം ശ്ലോകങ്ങളാണെന്ന് അറിയോ ഇതൊക്കെ അർജുന തെരുവിലേക്ക് ഇറങ്ങിക്കോളാ ഞാൻ പറയും എന്നിട്ടോ മൈക്ക് വെച്ച് പറഞ്ഞോ നീ ധൈര്യമായിട്ടിതാ ഞാൻ പറയുന്നു നമേ ഭക്ത പ്രണശ്യതി ഇതൊക്കെ കേൾക്കുമ്പോ കുറച്ചെങ്കിലും ഒരാശ്വാസം വരണം സഹ പറയുന്നു ക്ഷിപ്രം ധർമാത്മാഭവതി അവൻ നിങ്ങളീ പഴയ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കരുത് പണ്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എനിക്ക് മോക്ഷം കിട്ടും തോന്നില്ല സ്വാമി ഞാൻ അങ്ങനെ ചെയ്തു എന്റെ പാവം മരുമകളോട് പിന്നെയായിരുന്നു എനിക്കറിഞ്ഞത് അവൾ വളരെ നല്ലവളായിരുന്നു എന്ന് എന്താപ്പം ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് കിട്ടും തോന്നില്ല ഇപ്പൊ അവളാണ് എനിക്ക് ചൂടുവെള്ളം വെച്ച് തരുന്നത് എണ്ണ ഇട്ട് തരുന്നത് അത് പക്ഷെ അതുകൊണ്ട് എനിക്ക് ഗതി കിട്ടുമോ പോട്ടെ നിങ്ങൾ അറിഞ്ഞുവല്ലോ അവൾ ഇന്നെങ്കിലും നല്ലവളാണ് എന്ന് മതി അതുകൊണ്ട് സഹ അവൻ ക്ഷിപ്രം ധർമാത്മാ ഭവതി പെട്ടെന്ന് എപ്പോഴാണോ അവനിൽ ആ ചിന്ത ആ നിമിഷം ഇത് അച്ഛൻ മകനോട് മോനെ നീ സൺഡേ സ്കൂളിൽ പോണോ ഏ അല്ല അപ്പൊ ആണെന്ന് ചോദിച്ചു അച്ഛൻ പോയിട്ടുണ്ടോ സൺഡേ സ്കൂളില് പിന്നെ അച്ഛൻ പോയിട്ടുണ്ടോന്നോ എന്താ നീ പറയുന്നത് ഒരൊറ്റ സൺഡേ അച്ഛൻ മുടക്കിയിട്ടില്ല അവിടുത്തെ ഫാദറിന് അച്ഛൻ എന്ത് കാര്യമായിരുന്നു എന്നറിയോ അപ്പൊ അവൻ പറഞ്ഞു അമ്മ നോക്കൂ അച്ഛന് വല്ല ഗുണമുണ്ടോ എന്നിട്ട് അതിന്റെ വല്ല ഗുണവും കാണുന്നുണ്ടോ പിന്നെ എന്തിനാണ് എന്നോട് പോവാൻ പറയുന്നത് ക്ഷിപ്രം ധർമാത്മാഭവതി रिप्त वेग्मात्व भव शांति निकची शाश्वत नि शां आनंद भगवत् स्वरूपते प्राप्त हे कौदेय अलयो अर्जुन मे भक्त न प्रणश्य प्रतिजानी इन प्रतिज्ञ നിശ്ചയമായും നീ അറിഞ്ഞാലും എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ല അപ്പൊ ഭക്തന്മാർക്ക് നാശമാണല്ലോ ആ പ്രയോഗമേ തെറ്റാണ് ഗീതയ്ക്ക് വിരുദ്ധമാണത് പക്ഷെ നമ്മൾ ഭരിച്ചു വെച്ചിരിക്കുന്നു രണ്ടു അമ്പലത്തിൽ പോവുക എല്ലാ വൃശ്ചിക മാസത്തിലും ശബരിമലയ്ക്ക് പോവുക ഉള്ള ഷഷ്ടി കഷ്ടി എല്ലാം നോൽക്കുക ഇതാണ് ഭക്തൻ ഇങ്ങനെയുള്ള ഭക്തന് ഇങ്ങനെയുള്ള ഭക്തയുണ്ടെങ്കിൽ ആ ഭക്തയുടെ ഭർത്താവ് മരിക്കില്ല കുട്ടികൾക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഇതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്നിട്ട് ഈ അടുത്ത അയൽവക്കക്കാർ വന്ന് ചോദിക്കുന്നു ഇപ്പൊ എന്തായി നിങ്ങളുടെ ഭജനൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ ഈശ്വരനില്ല എന്ന് അത് കേൾക്കുമ്പോഴേക്കും നമ്മൾ മതിയാക്കും എത്ര പേര് വീടുകളിൽ ചെറിയ ചെറിയ അനിഷ്ടങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഭഗവാന്റെ ഫോട്ടോവും അതും ഇതുമൊക്കെ വലിച്ചു വലിച്ചെറിഞ്ഞ് വിളക്ക് കത്തിക്കലൊക്കെ മതിയാക്കിയിട്ടുള്ളവരുണ്ട് എത്ര പേര് എത്രയോ പേര് ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത് എന്താ ഇവരൊക്കെ ഭഗവാൻ എങ്ങനെയാ ധരിച്ചിരിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പോകുന്ന ഒരു വിദ്വാൻ അല്ലെ ഈ കാതുകൊണ്ട് കേട്ടതാണ് ഗുരുവായൂരിൽ പോയപ്പം ഗുരുവായൂരുന്നൊരമ്മ പറയണം എന്റെ കൃഷ്ണ ആ റേഷൻ കാർഡ് ഇനിയും ശരിയായിട്ടില്ലല്ലോ അതെ അപ്പൊ ഒരു റേഷൻ കാർഡ് ശരിയാക്കേണ്ട ആള് ഒരു റേഷനിങ് ഓഫീസർ അല്ല അദ്ദേഹം അത് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തുപോയി പറയേണ്ടതല്ലേ ഇതാണ് സ്വാമിയുടെ ചോദ്യം ഇത്രയുള്ളൂ അതുകൊണ്ട് എൻ്റെ ഭക്തന് ഒരിക്കലും നാശം ഉണ്ടാവില്ല എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കരുത് സാമ്പത്തികമായിട്ട് അവൻ ഉന്നമനം പ്രാപിക്കുമെന്ന് അവൻ്റെ ഉണ്ടാവുന്ന കുട്ടികൾ ഒരു ആൺകുട്ടിയായിരിക്കും ഒരു പെൺകുട്ടിയായിരിക്കും അങ്ങനെ നമ്മുടെ ഒരു ധാരണ അതൊന്നുമല്ല അവന് അവനാ ശാന്തി എപ്പോഴും ഉണ്ടാവും അവന് ഉറങ്ങാൻ ഉറക്കുകുളികയുടെ ഒന്നും ആവശ്യമുണ്ടാവില്ല അവൻ ഒരു പ്രകാരത്തിലും അവനൊരു നാശം ഉണ്ടാവില്ല ഒരു പ്രകാരത്തിലും എപ്പോഴും അവൻ അവൻ ഭഗവാനാണ് പിന്നെ അവൻ എങ്ങനെയാണ് നാശം ഉണ്ടാവുന്നത് ഇത് ഭഗവാൻ ഒരു ഉറപ്പ് തരുന്ന ഗീതയിൽ ഇങ്ങനെ ഒരു ഉറപ്പ് വേറെ എവിടെയും കാണില്ല ഇതാ അഹം മേ ഭക്തണശ്യതി ഇത് പ്രതിജാനീഹി നീ അറിഞ്ഞാൽ നീയും പ്രതിജ്ഞ ചെയ്തോളാൻ അവർ നീയും തെരുവിലൊക്കെ പോയിട്ട് പറഞ്ഞോളൂ മറ്റുള്ളവരോട് എന്റെ ഭക്തന്മാർ നശിക്കുന്നില്ല നമുക്കും പറയാമ അതുകൊണ്ട് ആരെങ്കിലും ഭഗവാന്റെ ഭക്തന്മാരെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഗുണം പിടിക്കില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ഇനി ഞമ്മുടെ അടുത്തേക്ക് വരും എന്നാൽ നിങ്ങൾക്ക് ശരിയാവും പ്രശ്നങ്ങളൊക്കെ അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാ ശരി ഇതൊക്കെ മടക്കി വെക്കാം എന്നാ കുറച്ച് അത് തുടങ്ങാം ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടണം ഇല്ലെങ്കിലോ ഇവിടെ ഇത് പരിഹരിക്കപ്പെടില്ല എന്ന് പറയും നമേ ഭക്ത പ്രണശ്യതി ഓർത്തുകൊള്ള തുടർന്ന് മാം ഹി പാർവ്യപാശ്രിത്യേ സ്യുപാപയോനയോ വൈശ്യസ്ഥ ശൂദ്രാതി പരാതി ഹേ പാർത്ത വ്യപാശ്രിത്യേ അഭിസ്യു പാപയോനയൂദ്രേ അഭിയാന്തി പരാം ഗതി അല്ലയോ അർജുന പാർത്ഥ സ്ത്രീയ സ്ത്രീകൾ സ്ത്രീകൾക്ക് മോക്ഷം കിട്ടോ എന്നാണെങ്കിൽ ഭഗവാൻ പറയണോ കിട്ടും വൈശ്യഹ കച്ചവടക്കാർ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നാണോ അല്ല അവർക്കും കിട്ടും വൈശ്യാഹ ശൂദ്രാഹ ശൂദ്രന്മാര് തഥ അതുപോലെ പാപയോന പാപയോനെ ആരൊക്കെയാണോ ഇനി പാപയോനികളിൽ ജനിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഇപ്പം ഒരു പല പലതും ഉണ്ടല്ലോ അങ്ങനെ ഇപ്പൊ ആരോരുമില്ലാതെ അനാഥകളായിട്ട് കഴിയുന്ന സമൂഹത്തിലൊക്കെ പത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുന്ന പല പല വാർത്തകളും ഉണ്ടല്ലോ അല്ലെ മാനസിക രോഗാശുപത്രിയില് എന്താ പറയുക അല്ലെങ്കിൽ മനസ്സ് സ്ഥിരമല്ലാത്ത സ്ഥിരതയില്ലാത്ത മനസ്സോടുകൂടി കഴിയുന്ന ചെറിയ പെൺകുട്ടികളൊക്കെ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രകാരത്തിലൊക്കെ അവർ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ പെട്ട് കഴിഞ്ഞാൽ അവരെയും ചൂഷണം ചെയ്ത് പാപം ഗർഭ ഗർഭവതികളാവുന്നു അത്തരത്തിൽ ജനിച്ച കുട്ടികളും അങ്ങനെ അതൊക്കെയാണ് പാപയോനേഹ എന്ന് പറഞ്ഞാൽ മറ്റു പല പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന അങ്ങനെ വല്ലവരും അല്ലാതെ ഇവരും ഈ ചില വ്യാഖ്യാനങ്ങളൊക്കെ അങ്ങനെയും ചെയ്തിട്ടുണ്ട് അത് ഈ സംസ്കൃതത്തിന് ഒരു സൗകര്യമുണ്ട് അതിനെ കുറച്ച് ഓടിക്കാനും വളയ്ക്കാനും ഒക്കെ വശപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ എങ്ങനെ വേണമെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യാം അപ്പൊ ഇതിനെങ്ങനെ വേണ എങ്ങനെ പറയാൻ അറിയോ ആദ്യം തന്നെ പാപയോനയാഹ എന്ന് പറഞ്ഞു ആരാണ് പാപയോനയ ഏ അഭി പാപയോനയാ ആരൊക്കെയാണത് സ്ത്രീയഹ വൈശ്യാഹ ശൂദ്രാഹ ഇവരൊക്കെ പാപയോനികളാണ് അത് കുറച്ച് കടന്ന കഴിയുക കാരണം തൊട്ട് മുമ്പ് തന്നെ ഭഗവാൻ പറഞ്ഞു വെച്ചതാ എന്താ ഇതിനൊക്കെ പിറകിൽ പിറകിൽ ഈ ക്ലോസ് വെച്ചിട്ടാ ഭഗവാൻ മുന്നോട്ട് പോകണം എന്താണ് എനിക്കാരോടും പ്രിയവും ഇല്ല എനിക്കാരോടും അപ്രിയുമില്ല അപ്പൊ ഈ ശ്ലോകം മാത്രം എടുത്തിട്ട് എത്ര കുബുദ്ധികളുണ്ട് എന്നറിയൂ ഈ ശ്ലോകം മാത്രം എടുത്തിട്ട് സ്ത്രീകളെ ഭഗവാൻ പാവയോനി എന്ന് പറഞ്ഞിരിക്കുന്നു ശൂദ്രന്മാരെ സ്ത്രീകളെ ബിസിനസ്സുകാരെ എല്ലാം കൂടെ ഭഗവാൻ ഒറ്റ പട്ടികയിൽ ഒറ്റ കോളത്തിലാണ് ചേർത്തിരിക്കുന്നത് പാവയോനെയാ എന്നുള്ള കോളത്തിലെ ഒന്നേ രണ്ടേ ഒന്ന് ഒരിക്കലും അല്ല അങ്ങനെയൊക്കെ വല്ല ധാരണ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്ക് മോക്ഷം കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടും വ്യാപാരം അനുഷ്ഠിക്കുന്നവർക്ക് കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടും ശൂദ്രന്മാർക്ക് കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടും അതുപോലെ തന്നെ ഈ പാപയോനികൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തില് അവരുടെ ജന്മത്തിന് മറ്റു പല എന്താ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിലൂടെയൊക്കെ വന്നു അങ്ങനെ വന്ന ഒരു കുട്ടി അതിനാണല്ലോ ഇതിനൊക്കെയാണ് ഉപനിഷത്തിലൊക്കെ ഓരോന്ന് പറഞ്ഞു തരുന്നത് എന്താ സത്യകാമൻ എന്ന വിദ്യാർത്ഥി എന്താ ഹൈദര ഉപനിഷത്തിലും അതുപോലെ മറ്റൊരിടത്തും ഋഷി പേര് ചോദിക്കും അച്ഛന്റെ ഗോത്രം ചോദിക്കുന്നുണ്ട് എന്താ ഗോത്രം എന്ന് ചോദിക്കും മോനെ അച്ഛന്റെ പേരെന്താണ് ഗോത്രം എന്താണെന്ന് ചോദിച്ചപ്പോ അവനറിയില്ല പറയാം പാവം അവൻ പറയും അമ്മയോട് ഞാൻ ചോദിച്ചു വരാൻ അമ്മയോട് പോയിക്ക് അച്ഛൻ ആരാ അമ്മയെന്ന് അമ്മ പറയണേ മോനെ നിന്റെ അച്ഛൻ ആരാന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പല വീട്ടിലും പല വീട്ടിലും ജോലിയൊക്കെ ചെയ്ത സമയത്ത് അച്ഛൻ അമ്മയെ പലരും പ്രാപിച്ചിട്ടുണ്ട് അപ്പൊ ആരുടെ സന്തതിയാണ് നീ എന്നറിയില്ല എന്ന് ഉപനിഷത്ത് കാലത്തിൽ ഒരു അമ്മ വെളിപ്പെടുത്തുന്നതാണ് അങ്ങനെ നീ ഒരു കാര്യം ചെയ്യൂ ജാപാല ഗോത്രം അമ്മ അമ്മയുടെ പേരാണ് ജാപാല അവൻ പോയിട്ട് ഗുരുവിനോട് പറയുകയാണ് ഞാൻ ശങ്കരാചാര്യ സിനിമയിൽ ഇതും നിങ്ങൾ കാണാം കാണൂ ഞാൻ ജാപാല ഗോത്രത്തിൽ പെട്ടതാണ് എന്റെ അമ്മ പറഞ്ഞു എന്ന് പറയാം അവനെ ഗുരു വിളിക്കുകയാണ് സത്യകാമ ഉപവിശതൂ എന്ന് ഇരിക്കുമോനെ സത്യകാമ ഈ ഭഗവത്ഗീതയൊക്കെ വലിയൊരനുഗ്രഹമാണ് ഈ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് പിറകില് എല്ലാ വർണ്ണവർഗ വിവേചനത്തെയും ഗീത അതിശക്തമായി അതിനെ നിഷേധിക്കുന്നു എല്ലാവരും ഇതിനെ അധികാരികളെന്ന് സ്ഥാപിക്കുന്നു നെൽസൺ മണ്ടയിലെ ലോകം അറിയപ്പെട്ടത് എങ്ങനെയാ അതായത് ഒരു വർഗസമരത്തിന് രൂപം കൊടുത്തത് കൊണ്ട് ഇല്ലേ ആണോ അല്ലയോ നോക്കൂ ആ സമയത്ത് നമുക്ക് അപ്പൊ ഫ്രീ ഫ്രീ മണ്ടയിലും പറഞ്ഞ് നമ്മളിവിടെ വലിയ ബഹളം കാരണം ഗീതാശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു അത്ഭുതം എന്താ ഇത് ഇതിലൊന്നും നിങ്ങൾക്ക് അത്ര എന്താ പറയാ ഓ ഇത് അങ്ങനെയെന്നൊന്നും തോന്നില്ല കാരണം എന്താ ഇതിന്റെ പ്രചാരണമാണ് ആവശ്യം തോന്നുന്നത് ഇത് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഒരു മണ്ടയിലയുടെ ആവശ്യം തന്നെ വരുന്നില്ല എല്ലാവരും ഉൾക്കൊണ്ടു കഴിഞ്ഞ പാവയോനയഹ എ അഭി സ്യു ഏതൊക്കെയാണോ ഉണ്ടോ തേ അഭി അവരെല്ലാവരും തന്നെ മാം വ്യപാശ്രിത്യ എന്നെ ആശ്രയിച്ചിട്ട് പരാംഗതിം യാതി പരമമായ ഗതിയെ മോക്ഷത്തെ പ്രാപിക്കുന്നു ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയുടെ ഈ ശ്ലോകം സംഗ്രഹിച്ചു പറയുകയാണെങ്കിൽ എന്നെ പ്രാപിക്കുന്നത് വരെ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ എല്ലാ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നത് എന്നെ പ്രാപിക്കുന്നതിൻ്റെ തൊട്ടു മുൻപാണ് എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ എല്ലാ വ്യത്യാസങ്ങളും തീർന്നു എങ്ങനെയാണോ പല നദികളും ചെറു ചെറു നദികളായി വന്ന് സമുദ്രത്തിൽ പ്രാപിച്ചു കഴിഞ്ഞാൽ ഉപനിഷത്തിൽ പറയും അയം തേ ന വിദുഹു അയം ന അയം ന വിദുഹു ഞാൻ ഇന്നതാണെന്നറിയുന്നില്ല ഞാൻ ഇന്നതാണെന്നറിയുന്നില്ല സമുദ്രം സമുദ്രമേവ അഭിയന്തി അതെല്ലാം സമുദ്രത്തിൽ ചേർന്നു കഴിഞ്ഞാൽ സമുദ്രമായി തീരുന്നു എങ്ങനെയാണോ നാനാത്യായാനാം വൃക്ഷാണാം രസം ഏകം രസം ഗമയന്തി അനേക വൃക്ഷങ്ങളിൽ നിന്നുള്ള തേനുകൾ തേനീച്ചകൾ ഒരു കൂട്ടൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ തേനുകൾക്ക് വേറിട്ട വ്യക്തിത്വം ഇല്ലാത്തത് അതുപോലെ സദാ സമ്പന്നോ ഭവതീതി അത് വരുന്നത് വരെയുള്ളൂ വ്യത്യാസം വന്നു ചേർന്ന് കഴിഞ്ഞാലില്ല അപ്പൊ ഭഗവാൻ പറയുന്നു എന്നെ പ്രാപിക്കുന്നത് വരെ എന്നെ പ്രാപിക്കുന്നത് വരെ അവനാരാണ് സ്ത്രീയാണ് വൈശ്യനാണ് ശൂദരനാണ് ക്ഷത്രിയനാണ് കോൺഗ്രസ് ആണ് ഇത്യാദികളൊക്കെയാണ് കഴിഞ്ഞാലോ പിന്നെ അവനിലൊന്നുമില്ല പുനർബ്രാഹ്മണ പുണ്യാഹർഷയ അനിത്യസുഖം ലോകം ം പുനഃ ബ്രാഹ്മണ പുണ്ജർഷയ തഥാ അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമ ഭഗവാൻ ചോദിക്കുകയാണ് അർജുന പുണ്ാഹ്മണാ തഥ ഭക്ത രാജർഷയം പുനഃ നോക്കൂ പുണ്യം ചെയ്തിട്ടുള്ള ബ്രാഹ്മണ ബ്രാഹ്മണന്മാർ ബ്രാഹ്മണന്മാർ എന്ന് പറയുമ്പോൾ ബ്രഹ്മണി ചരിതും ശീലം യസ്യ സ ബ്രാഹ്മണ എന്ന് പറഞ്ഞു പൂണൂല് ധാരി എന്ന് അല്ല അങ്ങനെ ഒരു പൂണൂല് ധാരിയെക്കുറിച്ചല്ല ഉപനിഷത്തിൽ പറഞ്ഞത് ഇനി ഷോടശ സംസ്കാര പണ്ട് ഈ പൂണൂല് ധരിക്കുന്നതിൽ പല പല രഹസ്യങ്ങളും ഉണ്ടായിരുന്നു നല്ല രഹസ്യങ്ങളും ഒരു ഗവേഷണം പറയുന്നത് വളരെ പണ്ട് വേദധ്യയനമൊക്കെ ചെയ്ത് ആശ്രമത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ പണ്ട് പണ്ടാണല്ലോ ആ സമയത്ത് ഈ പാമ്പ് കടിയേൽക്കാനൊരു സാധ്യതയുണ്ട് പാമ്പ് ഈ അറിയാതെ പാമ്പിനെ ചവിട്ടി പോയാൽ കടിക്കും ആ സമയത്ത് ഇത് പൊട്ടിച്ചിട്ട് കെട്ടാനും ഇതുള്ളത് അത് എന്താ സ്നേക്ക് ബെൽറ്റിനാണ് അതിന് ഒരു ഗവേഷണത്തിൽ അതിനെ അങ്ങനെ എന്താ പറയുക അതിനൊരു നോട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു സാധ്യത അതിനും കൂടിയൊക്കെ കണക്കാക്കിയിട്ടായിരുന്നു അത്ര ചരട് കെട്ടിയിരുന്നതും ഇത് കെട്ടിയിരുന്നതും എന്തിനാണ് ചെറുപ്പത്തിൽ ചരട് കെട്ടിക്കൊടുത്തത് ചരട് കെട്ടിയതും ഇതിനാണ് അത് പൊട്ടിച്ചിട്ട് ഇത് മരിക്കാൻ പോവുകയാണെങ്കിൽ ഇത് പൊട്ടിക്കില്ല എന്ന് പറഞ്ഞ് മരിക്കുന്ന ആൾക്കാരുണ്ട് മരണത്തിലേക്ക് പോവാണ് എന്നാലെങ്കിലും ഇത് പൊട്ടിച്ച് കെട്ടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് സ്വരക്ഷയ്ക്കും കൂടിയുള്ളതാണ് അങ്ങനെയൊക്കെ പറയുന്നു അപ്പൊ ഇവിടെ പുണ്യാഹ ബ്രാഹ്മണാഹ എന്ന് പറയുമ്പം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാല് ബ്രഹ്മമാർഗത്തിൽ ചരിക്കുന്നവൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രാഹ്മണ സന്തു നിർഭയാഹ നിർഭയന്മാരായിത്തീരട്ടെ ബ്രാഹ്മണന്മാർ ബ്രാഹ്മണര് നിർഭയരായിരിക്കണം അതുപോലെ ബ്രാഹ്മണോ ഭോജനപ്രിയ അത് സ്വാമി പറഞ്ഞിട്ടുള്ളതാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ചാപ്പാട്ടുരാമൻ എന്നല്ല ഭോജനപ്രിയ ജനങ്ങളുടെ ഹിതത്തിൽ തപ്പരൻ എങ്ങനെയാണ് ജനഹിത തത്വരനാവുന്നത് ഈ സത്യമാർഗത്തെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അപ്പം ഈ യജ്ഞശാലയിൽ കൂടിയിരിക്കുന്ന നിങ്ങളൊക്കെ ബ്രാഹ്മണരാണ് ജന്മം കൊണ്ടല്ല നമ്മുടെ സംസ്ക കർമ്മം കൊണ്ടാണ് എന്ന് പറയാം ജന്മനാ ശൂദ്രോചായതേ സംസ്കാരാത് ബ്രാഹ്മണോച്ചതേ ജന്മത്തിൽ ശൂദ്രനാണ് സംസ്കാരത്തിൽ ബ്രാഹ്മണൻ അപ്പൊ ബ്രാഹ്മണാഹ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ശ്രദ്ധയുള്ള ഒരുവൻ അതുപോലെ തഥാ തഥാ ഭക്താഹ അപ്രകാരം ഭക്തന്മാരായിട്ടുള്ള രാജർഷയാഹ രാജർഷികൾ കിം പുന പിന്നെ ഇവരെക്കുറിച്ചൊക്കെ പറയേണ്ട കാര്യമുണ്ടോന്നാ അതായത് തൊട്ട് മുൻപ് പറഞ്ഞുവല്ലോ കുറച്ച് ആളുകളെക്കുറിച്ച് അവർക്ക് പോ അവർക്കൊക്കെ ഈ സദ്ഗതി ഉണ്ട് അർജുന പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ആരുടെ ആളുകളുടെ കാര്യം പറയേണ്ടതുണ്ടോ ഒരു സംശയവും വേണ്ട അനി അതുകൊണ്ട് നീ അറിയുക അനിത്യം അസുഖം ഇമം ലോകം ഈ ലോകം എന്താണെന്നറിയോ ഈ ലോകം അനിത്യമാണ് നിത്യമല്ല ഈ ലോകത്തെ സത്യം എന്ന് കരുതുന്നുവെങ്കിൽ അതിൽ നിന്ന് നിനക്ക് കിട്ടുന്നത് അസുഖമാണ് സുഖ സുഖകരമായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല നമ്മൾ നോവലിലും കഥയിലും ഒക്കെ വായിക്കും ചിലപ്പം സുഖമായി എന്നൊക്കെ അത് അസുഖം തുടങ്ങാൻ പോകുമ്പോഴും അവരങ്ങനെ സുഖമായി കഴിഞ്ഞു എന്ന് കഥയുടെ അവസാനം ചിലപ്പോ കാണാം പക്ഷെ കഥ തുടങ്ങാൻ പോകുന്നത് പിന്നീടാണ് അങ്ങനെയാണല്ലോ പഴയ പണ്ട് പഴയ മലയാള സിനിമകളൊക്കെ ഈ നായകനും നായികയും കൂടെ വിവാഹം കഴിഞ്ഞ് അവരങ്ങനെ കൈപിടിച്ച് അങ്ങനെ പോകുന്നത് സ്ക്രീനിൽ അങ്ങനെ അങ്ങനെ കാണിക്കുക ശുഭം എന്ന് പറഞ്ഞു അശുഭം തുടങ്ങുന്നത് അതിനുശേഷം കഥ ശരിക്കും ആരംഭിക്കുന്നത് അതിനുശേഷമാണ് അപ്പൊ ഈ ഈ ലോകം ഈ ലോകത്തില് ലോകത്തെ സത്യം എന്ന് കരുതുന്നുവെങ്കിൽ എന്നെ മാറ്റി ലോകത്തെ കാണുന്നുവെങ്കിൽ അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കണം അല്ലാതെ ഭഗവാനോടുകൂടി ഈ ലോകത്തെ കാണുകയാണെങ്കിൽ ഇതിനൊരസുഖവും ഇല്ല ഒരു കുഴപ്പമില്ല അല്ലാതെ ഈ ലോകത്തെ കാണുന്ന സമയത്ത് ഇമം ലോകം അസുഖം അനിത്യം ഇതിനെ പ്രാപ്യ പ്രാപിച്ചിട്ട് പ്രാപിച്ച നിലയ്ക്ക് മാം ഭജസ്വ നീ എന്നെ ഭജിക്കേണ്ടതുണ്ട് അപ്പൊ ഈ ലോകത്തിൽ അസ്ഥിരത കാണുന്നു നീയെങ്കിൽ ഇതിൽ അസുഖം കാണുന്നുവെങ്കിൽ സുഖത്തെയും സ്ഥിരതയെയും കാണാനായിക്കൊണ്ട് നീ എന്ത് വേണം അസ്ഥിരമായതിനെ ഉപേക്ഷിച്ച് സ്ഥിരമായതിലേക്ക് നിന്റെ ശ്രദ്ധ കേന്ദ്രീകൃതമാകട്ടെ അർജുന അതിനാൽ നീ എന്നെ ഭജിക്കൂ എന്ന് പറയാം തുടർന്നുഭക്തീമാരു ുക്വരാണി ശ്രീമദ്ഭഗവത്ഗീതുനിഷത്സു ബ്രഹ്മവിദ്യോസ്ജുനസംവാജവിദ്യ രാജഗുഹ്യോ भगवान ഭഗവാൻ ഈ അധ്യാ माम മന്മനാ माम ഭ മദ്യാജീ മാം നമസ്കുരു माम യുക്വത്മാനം മത്പരാണ മന്മനാഹ മന്മനാഹ എന്ന് പറഞ്ഞാൽ എന്നിൽ പൂർണ്ണമായി മനസ്സ് ഉറപ്പിച്ചിട്ടുള്ള മത്ഭക്ത എന്റെ ഭക്തൻ എന്നെ ഭജിക്കുന്നവൻ മദ്യാജി മദ്യജി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി യജിക്കുന്നവരായി ഭവ തീരൂ അങ്ങനെയായി തീരുമെന്ന് പറയാം എന്താണ് മന്മനാഹ മദ്ഭക്ത മദ്യജി ഭവ നീ എനിക്ക് വേണ്ടി യചിക്കുന്നവനായി ഭവിക്കൂ മാം നമസ്കരൂ നീ എന്നെ നമസ്കരിക്കൂ നീ ഇങ്ങനെ ഓരോ ഓഫീസിലും ഓരോരുത്തരെയും പോയി നമസ്കരിക്കുന്നുണ്ടല്ലോ അപ്പം സ്വാമി അവരെ നമസ്കരിക്കേണ്ട എന്നാണോ അല്ല നീ അവരെ നമസ്കരിക്ക അവരെയല്ല നീ നമസ്കരിക്കേണ്ടത് എന്നെയാണ് അപ്പൊ ആരെയാണോ നാം നമസ്കരിക്കുന്നത് ആ നമസ്കരിക്കുന്നവനിലെ ബോധത്തെ അവിടേക്കാണ് നമസ്കാരം ഉണ്ട് ശ്രദ്ധിക്കണം ശരീരത്തെയല്ല നമസ്കരിക്കേണ്ടത് പിന്നെയോ ആ ബോധസ്വരൂപന് എന്റെ നമോവാകം മന്മനാഹ മൻമനാഹ എന്ന് പറഞ്ഞാൽ എന്നിൽ പൂർണ്ണമായി മനസ്സ് ഉറപ്പിച്ചിട്ടുള്ള മദ്ഭക്തഹ എന്റെ ഭക്തൻ എന്നെ ഭജിക്കുന്നവൻ മദ്യാജി മദ്യാജി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി യചിക്കുന്നവരായി ഭവ തീരും അങ്ങനെയായി തീരുമെന്ന് പറയാം എന്താണ് മന്മനാഹ മദ്ഭക്ത മദ്യാജീഭവ നീ എനിക്ക് വേണ്ടി യചിക്കുന്നവനായി ഭവിക്കൂ മാം നമസ്കുരൂ നീ എന്നെ നമസ്കരിക്കൂ നീ ഇങ്ങനെ ഓരോ ഓഫീസിലും ഓരോരുത്തരെയും പോയി നമസ്കരിക്കുന്നുണ്ടുള്ളത് അപ്പം സ്വാമി അവരെ നമസ്കരിക്കേണ്ട എന്നാണോ അല്ല നീ അവരെ നമസ്കരിക്ക അവരെയല്ല നീ നമസ്കരിക്കേണ്ടത് എന്നെയാണ് അപ്പൊ ആരെയാണോ നാം നമസ്കരിക്കുന്നത് ആ നമസ്കരിക്കുന്നവനിലെ ബോധത്തെ അവിടേക്കാണ് നമസ്കാരം അതുകൊണ്ട് ശ്രദ്ധിക്കണം ശരീരത്തെയല്ല നമസ്കരിക്കേണ്ടത് പിന്നെയോ ആ ബോധസ്വരൂപന് എന്റെ നമോവാകം അവിടെയാ അപ്പൊ നിങ്ങൾ ആ ഭാവത്തിൽ ആരെയും നമസ്കരിക്കാം പിതാവിന് പുത്രനെ പോലും നമസ്കരിക്കാനുള്ള എന്താ അനുവാദമുണ്ട് ഏത് നമസ്കാരത്തിലും ഇതായിരിക്കട്ടെ അപ്പൊ നമ്മുടെ നമസ്കാരം അങ്ങനെയല്ല മന്ത്രിയാകാൻ പോകുന്നതിന് മുമ്പ് പോയിട്ട് ചിലരെയൊക്കെ പോയൊരു നമസ്കാരമുണ്ട് ബാഹ്യമായിട്ടുള്ള എവിടെയല്ല എന്നിലാണ് നമസ്കാരം നമസ്കുറവും ഇങ്ങനെ ഏവം മത്പരായണ ഇപ്രകാരം എന്നെ തന്നെ പരമമായ ആശ്രയമായി സ്മരിച്ചുകൊണ്ട് ആത്മാനം മൈ യുക്വ ഇവിടെ ആത്മൻ ശബ്ദത്തെ മനസ്സ് മനസ്സിനെ മൈ എന്നിൽ യുക്വ ചേർത്തിട്ട് എന്തുവേണം മാം ഏവ യേശ്യസി അങ്ങനെയെങ്കിൽ നീ എന്നെ പ്രാപിക്കും ഭഗവാനെ എങ്ങനെയെങ്കിലും അർജുനനെ ഈ ഭഗവാനിലെത്തിക്കണം നമ്മളെ അത് അതുകൊണ്ട് നമ്മൾ ആ ഇന്നലെ സ്വാമി സൂചിപ്പിച്ചുവല്ലോ ആ ഒരു അവസരത്തെ വെറുതെ പാഴാക്കും നരണിയിൽ നിന്ന് നാരായണനിലേക്ക് വന്നേ മതിയാവൂ നാരി നാരായണിയായേ മതിയാവൂ എന്ന് പറയാ നരൻ നാരായണനാവണം പുരുഷൻ പുരുഷോത്തമനാവണം മാനവൻ മാധവൻ ആയേ മതിയാകൂ ഭഗവാൻ ഇതിനാണ് ഓരോ അധ്യായം ഉപസംഹരിക്കുമ്പോഴും ആരംഭിക്കുമ്പോഴും ഒക്കെ ഭഗവാൻ ഈ ഒരു ആശയത്തെ പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് നീ എന്നെ പ്രാപിക്കും നീ എന്നെ പ്രാപിക്കണം അപ്പൊ ഭഗവാൻ ഇതിൽ എന്തൊക്കെ പറഞ്ഞു മൻമനാഹ മത് ഭക്തഹ മദ്യാജി നമസ്കുരു ഇതുകൊണ്ട് എന്താ ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് കുറച്ച് യോഗങ്ങളെ പറഞ്ഞിരിക്കുക മന്മനാഹ എന്നുള്ളതുകൊണ്ട് ധ്യാനയോഗത്തെയാണ് ഭഗവാൻ സംഗ്രഹിച്ചിരിക്കുന്നത് എന്നെ പ്രാപിക്കാനുള്ള ഒരു വഴിയാണ് ധ്യാനയോഗം പിന്നെ മത്ഭക്തഹ എന്നുള്ളത് ജ്ഞാ എന്താ പറയുക ജ്ഞാനയോഗത്തെ പറയാം ആദ്യത്തേത് ധ്യാനയോഗമാണെങ്കിൽ മദ്ഭക്ത എന്നുള്ളത് ജ്ഞാനയോഗത്തെ സൂചിപ്പിക്കണോ മതിയാജി എന്ന് പറയുമ്പം ഭക്തിയോഗത്തെ എന്ന് പറയാം നമസ്കുറു എന്നുള്ളതോ അതിന്റെ ക്രമം ഇതാണ് തുടർന്ന് ഭഗവത്ഗീതയിലെ വളരെ വളരെ പ്രധാനപ്പെട്ട അധ്യായം പത്താം അധ്യായം വിഭൂതിയോഗം